ർണി സി സഖ്യ സദാശിവ ഹ യേതി പ്രതിഭാം സ്വാധ്യയ തമീഹാ യശ്ചനമതൈ യേതി പ്രതിഭാം സ്വാധ്യയ തമീഹാ യശ്ചനമതൈ എട്ടാം ഖേദര് ആമുഖമായിട്ട് പാഷകാരൻ പറഞ്ഞു ഇവിടെ ഉപാസനയാണ് ആർക്കു വേണ്ടിയും മന്ദബുദ്ധീന മന്ദബുദ്ധികൾക്ക് വേണ്ടിയാണ് എന്തുണ്ട് പാസന ഗുണവത്വ ശ്രേഷ്ഠത്വം അവർക്ക് ഗുണവത്വം ഗുണമുള്ള ഒന്നാണ് അവർക്കിഷ്ടമായിരിക്കുന്നത് അതുകൊണ്ട് സത്യകാമാതി ഗുണവത്വം സത്യകാമത്വം തുടങ്ങിയ ഗുണങ്ങൾ ഇവിടെ വിധിക്കുകയാണ് അതോടൊപ്പം അതിൻ്റെ ബ്രഹ്മചര്യാദി സാധനവിശേഷം ഉപാസകന വേണ്ട സാധനങ്ങളും ഇവിടെ നിർദ്ദേശിക്കുന്നു ബ്രഹ്മചര്യം സാധനം ഈ ഭാഗം അഷ്ടമാധ്യായം ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ് തത്വബോധത്തിന് യോഗ്യതയില്ലാത്തവർക്ക് അവരാണ് മന്ദബുദ്ധി എന്ന് പറയുന്നത് ദിഗ്ദേശാ ഭേദവസ്ഥിത്വവും ഭാവിതാ ബുദ്ധിമുട്ടി പരമാർത്ഥ വിഷയത്തും അവരുടെ താല്പര്യം അവരുടെ ഇഷ്ടം ഗുണം ഉള്ള ഒന്നിലാണ് അതാണ് അവർ ഉപാസിക്കാൻ ആഗ്രഹിക്കുന്നത് അവരുടെ മനസ്സിന് പെട്ടെന്ന് ആ ഗുണങ്ങളിൽ നിന്നും മാറ്റി നിർഗുണത്തിൽ കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് അതുകൊണ്ട് അങ്ങനെയുള്ള ഉപാസ ഭക്ഷ്യക്കാരൻ്റെ അഭിപ്രായത്തിൽ എവിടെയെല്ലാം ബ്രഹ്മത്തെ നിർഗുണമായിട്ടല്ലാതെ പറയുന്നുണ്ടോ സഗുണമായിട്ട് എന്തെങ്കിലും പ്രത്യേക ആകൃതിയിലോ ഇതോടെ അങ്കുഷ്ടമാത്ര പുരുഷാണെന്ന് പറയും പറയുന്നതുപോലെ മുമ്പ് ഹിരണ്യസ് മശ്രൂഫ് എന്നെല്ലാം പറഞ്ഞു വിശേഷിപ്പിച്ചു ഇവിടെ ഇപ്പോൾ സത്യകാമത്വം തുടങ്ങിയ ഗുണങ്ങളോടുകൂടി പറയുന്നു അങ്ങനെ ശ്രുതിയിൽ എവിടെയെല്ലാം എന്തെങ്കിലും ഗുണമോ എന്തെങ്കിലും രൂപമോ ബ്രഹ്മത്തിന് നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ് അതാണ് ഇവിടെ സമർപ്പിക്കുന്നത് തമേകവിധമ്യഭാവശേഷസ്ഥിതിനിക്ഷത്മനൃതി ഗന്ധർഗമനുദ്ധീന ഹൃദയവിശിഷ്ട്രഹ്മോപാസകൂർധന്യാഡ്യ ഗതിർവക്താഠ്യന്താണ് യവിദോധവേർ ഉപാസന വേർ ആത്മീകത്വബോധം അങ്ങനെ ആത്മീകത്വവിധ അവർക്ക് അങ്ങനെയുള്ള ആത്മീകത്വബോധമുള്ളവർക്ക് ഗന്ധൃഗമന ഗന്ധവ്യ അഭാവ അവരെ സംബന്ധിച്ചിടത്തോളം ഗമിക്കുന്നവനില്ല ഏതെങ്കിലും ഒരു ലോകത്തിലേക്ക് ഉപാസനയുടെ ഫലമായി പോകുന്നവനില്ല ഗന്ധാവില്ല ഗവ്യം അങ്ങനെ എത്തിച്ചേരേണ്ട ഒരു ലോകമില്ല ഗമനം അങ്ങനെ ഒരു പോക്കില്ല അത് പറയുന്ന എന്തുകൊണ്ട് മുമ്പ് ദക്ഷിണായന മാർഗത്തെയും ഉത്തരായണ മാർഗത്തെയും കുറിച്ചെല്ലാം പറഞ്ഞു അവിടെ സങ്കടബ്രഹ്മത്ത് ഉപാസിക്കുന്നവൻ ഉത്തരായണ മാർഗത്തിലൂടെ ബ്രഹ്മലോകത്തിലെത്തിച്ചേരുന്നു ഉപാസനയുടെ ഫലമാണ് ഗമനം ഉപാസന എന്നിവിടെ പറയുന്നത് വൈദികമായ ഉപാസനകളാണ് വേദത്തിന് നിർദ്ദേശിക്കുന്ന രീതിയിൽ ഉപാസിച്ചു കഴിഞ്ഞാൽ ആ ജീവൻ ഉത്രി ശരീരം വിട്ടുപോകുന്നു അതാണ് ഭാഷകാരന് സമ്മതമല്ലാത്ത കാര്യം ജീവന്റെ അങ്ങനെ ഒരു ഉത്രമണം ഉണ്ടെങ്കിൽ എന്ത് വേണം അവിദ്യ അതിശേഷ സ്ഥിതി അവിദ്യ ശേഷം അവിടെ അവശേഷിക്കുന്നുണ്ട് അവിദ്യാദികൾ അവശേഷിക്കുന്നുണ്ട് അവിദ്യയിൽ നിന്നൊന്നും പൂർണ്ണമായും മുക്തനായില്ല ജീവനോർധഗതി ഉണ്ടായി ഉപാസനയുടെ ഫലമായിട്ട് എന്തുകൊണ്ടങ്ങനെ ഊർധഗതി ഉണ്ടാകുന്നെന്ന് പറയുന്ന കാരണം ശ്രുതി തന്നെ പറയുന്നു എന്തിനാണ് ഉപാസിക്കേണ്ടത് എങ്ങനെയാണ് ഉപാസിക്കേണ്ടത് ഉപാസനയുടെ ഫലം എന്താണ് ആ ഫലത്തെ എങ്ങനെ പ്രാപിക്കാം ഇതിനെ ശ്രുതി പറയുന്നു അപ്പം ശ്രുതിയും നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു ഉപാസനയെ ഒരാൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ ഉപാസന പൂർണ്ണമാകുകയാണെങ്കിൽ അതിനനുസരിച്ച് ഫലം അയാൾക്കുണ്ടാവും ഈ ശരീരം വിട്ടുപോകേണ്ടി വരും മൂധന്യ നാടിയിലൂടെ അയാൾക്ക് പരലോകത്തെ പ്രാപിക്കേണ്ടി വരും കാരണം അത് ശ്രുതി എന്താണോ വിധിച്ചിരിക്കുന്നത് അത് സംഭവിച്ച് മതിയാകും മറിച്ച് തത്വജ്ഞനാണെങ്കിൽ എന്താണ് അവിദ്യാദി ശേഷസ്ഥിതി നിമിത്തക്ഷി ശേഷസ്ഥിതി ഉള്ള നിമിത്തങ്ങൾ അവസാനിക്കുന്നു ആത്മബോധത്തിന് ശേഷം പിന്നീട് വീണ്ടും ഒരു ശരീരത്തെ സ്വീകരിക്കുന്നതിനുള്ള ഒന്നും അവശേഷിക്കുന്നില്ല ഞാൻ അഗ്നി സർവകർമ്മമാണ് ഞാൻ സർവകർമ്മങ്ങളെയും നശിപ്പിച്ചു അയാൾ സ്വതന്ത്രനായി അങ്ങനെ ഒരു തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ യുവ വിദ്യുഭൂത യുവ വായു എങ്ങനെയാണോ ആകാശത്ത് നിന്ന് മിന്നൽ പിണർ പ്രകടമാകുന്നത് പിന്നീട് അത് എവിടേക്ക് പോകുന്നു ആകാശത്തിൽ തന്നെ അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് വായു പ്രകടമാകും ഉദ്ഭൂത വായു പിന്നിട്ട് എവിടേക്ക് പോകുന്നു ആകാശത്തിലേക്ക് തന്നെ പോകുന്നു പ്രകടമാകാതിരുന്നാലും ഇവിടെ വായുണ്ട് പക്ഷേ അത് പ്രകടമാകുന്നു കൊടുങ്കാറ്റായും അല്ലാതെ പ്രകടമാകുന്നു പ്രകടമാകുമ്പോൾ വീണ്ടും അത് എവിടേക്ക് തന്നെ ലയിക്കുന്നു ദഗ്ധ ഇന്ധന അഗ്നി വിറകിൽ നിന്ന് അഗ്നി ഉണ്ടാവുന്നു കനലിലെ അഗ്നി അതെവിടേക്ക് പോകുന്നു ആ കനലിലേക്ക് തന്നെ പോകുന്നു സ്വപ്നീവന്നിവിടത്തെ ഇവിടെ ആത്മീകത്വം ഞാനീ സംബന്ധിച്ചിടത്തോളം എല്ലാം അവിടെ തന്നെ അവസാനിക്കുന്നു ഏതൊരു ശരീരത്തിലിരുന്നാണോ ഗുരുവൻ ഈ തത്വത്തെ ബോധിക്കുന്നത് ആ ശരീരത്തിലെല്ലാം അവസാനിച്ചു ആകാശത്തിൽ മിന്നൽ പോകുന്നതുപോലെ ഈ ജീവഭാവം അവിടെ അവസാനിക്കുന്നു പരമാത്മഭാവത്ത് നിന്ന് വേറിട്ടൊരു ജീവഭാവം അയാളെ നിലനിൽക്കുന്നില്ല അതുകൊണ്ട് എന്താണോ ഭേദത്തിന് കാരണമായിരുന്ന അജ്ഞാനം അത് തത്വജ്ഞാനം കൊണ്ട് നശിച്ചു കല്പിതമായ ഭേദത്തിന് നിവൃത്തി നിവൃത്തി സംഭവ സ്ഥിതി അവിടെ ഇല്ല തഥാപി ഇതാണ് തത്വജ്ഞന്റെ നില പക്ഷെ അങ്ങനെയാണെങ്കിലും ഗന്തുഗമനാദിവാസിത ബുദ്ധീന പക്ഷെ സംസ്കാരം എന്ന് പറയുന്നൊന്നും വാസന എന്ന് പറയുന്ന ഒരാളുടെ മനസ്സിലതിങ്ങനെ ദൃഢമായിരിക്കുകയാണ് എനിക്ക് ഉപാസിക്കണം ഉപാസിച്ചിട്ട് ഏത് ദേവതയാണോ ഉപാസിക്കുന്ന ആ പ്രാപിക്കണം ഇവിടെ മറ്റ് ദേവതകളൊന്നുമില്ല ബ്രഹ്മലോകമാണ് വൈദികൻ്റെ ബുദ്ധിയിൽ അതാവുള്ളത് വൈദികൻ്റെ വൈകുണ്ഠവും കൈലാസവും ഗന്ധർഗമനാദി വാസിത ബുദ്ധി നമ്മൾ ബുദ്ധിയിൽ അത് ഉറച്ചുപോയി ആ വാസന ഉള്ളതുകൊണ്ട് ഹൃദയദേശ ഗുണവിശിഷ്ട ബ്രഹ്മോപാസക ഹൃദയ അതിന് ശ്രുതിയെന്നെ നിർദ്ദേശിച്ചിരിക്കുന്നു ഹൃദയം അവിടെ സത്യം തുടങ്ങിയ ഗുണങ്ങളോടുകൂടിയ ബ്രഹ്മത്തെ ഉപാസിക്കുന്നു സഗുണോപാസന ധ്യാനിക്കുന്നു ഉപാസിക്കുന്നു ധ്യാനിക്കുന്നു അങ്ങനെ ധ്യാനിക്കുന്നവൻ മൂർധന്യ നാഢ്യുമ്പും ചർച്ച അവൻ മൂർധനാവിലുള്ള നാടിയിലൂടെ ബ്രഹ്മലോകത്തിലേക്ക് ഗതിർ വക്തവ്യം ഉപാസകനെ സംബന്ധിച്ച് ഗതിയുണ്ട് എന്തുകൊണ്ട് ഗുണവിശിഷ്ടമായ ബ്രഹ്മത്തെ ഉപാസിക്കുന്നു അതുകൊണ്ട് എന്തുകൊണ്ട് ഗതി കാരണം ശ്രുതി പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഉപാസിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഗതി ഉണ്ടാകും എന്നുള്ളതിന് വേറെ പ്രമാണമൊന്നുമില്ല ശ്രുതി മാത്രമേ ഉള്ളൂ ശ്രുതി പറഞ്ഞിരിക്കുന്നു അതിൽ ശ്രദ്ധയുള്ള ആസ്തികൻ സ്വഹൃദയത്തിൽ സത്യകാമത്വാദി ഗുണത്തോടു കൂടിയ ആ ബ്രഹ്മത്തെ ധ്യാനിക്കുന്നു ധ്യാനിച്ചുകഴിഞ്ഞാൽ അതിൻ്റെ ഫലമായി അവർക്ക് മുടധന്യ നാടിയിലൂടെ ബ്രഹ്മനുഖത്തെത്തിച്ചേരാൻ കഴിയും ക്രമമുക്തി ഉപാസനന്റെ ഫലം ഇത് അഷ്ടമ പ്രഭാടക ആരംഭിച്ചത് അതിനു വേണ്ടിയിട്ടാണ് ഇത് ഇപ്പോൾ തത്ത്വബോധത്തിന് ശേഷിയില്ലാത്തവർക്കാണ് ഉപാസന അല്ലെങ്കിൽ ധ്യാനം അദ്വൈതമതമനുസരിച്ച് ദിഗ്ദേശഗുണഗതി ഫലഭേദശൂന്യ ഹി പരമാർത്ഥ സ്രഹ്മ മന്ദബുദ്ധിയാം അസതിവ പ്രതിഭാതി എന്തുകൊണ്ടെല്ലാവരും തത്വത്തഗ്രഹിക്കുന്നില്ല ദിഗ്ദേശഗുണഗതി ഫലഭേദശൂന്യം ദിദേശാദികളൊന്നുമില്ല അതായത് വേറെ ദേശത്തിലാണ് ബ്രഹ്മലോകം ഇവിടെ പല ലോകങ്ങളുണ്ട് അതിലൊരു ലോകമാണ് ബ്രഹ്മലോകം പതിനാല് ലോകങ്ങളിലൊന്നും അതാണ് ബ്രഹ്മലോകം അങ്ങനെ അത് ഊർജ്വ ദമനം വേണം ജീവന് രണ്ടു തരത്തിലുള്ള ഗതിയുണ്ട് ഒന്ന് ഊർധ ഗഗതി ഉയർന്ന ലോകങ്ങളിലേക്ക് പോകുന്നു മറ്റൊന്ന് അധോഗതി സ്ഥാപനാദി ജന്മപ്രാപ്തി തിരിക് ആദി ജന്മപ്രാപ്തി ഇങ്ങനെ രണ്ടു തരത്തിലുള്ള അധോഗതികളുണ്ട് ഇങ്ങനെ സ്വയം ജീവനെക്കുറിച്ച് കരുതുന്നു ഗുണം അതുകൊണ്ടെന്നാണ് അനേക ഗുണവിശിഷ്ടനായിരിക്കുന്ന ബ്രഹ്മത്തോപാസിക്കണം അങ്ങനെ ഉപാസിച്ചു കഴിഞ്ഞാൽ ആ ഉപാസനയുടെ ഫലമായി മരണശേഷം ഈ ശരീരപാദത്തിന് ശേഷം ജീവൻ ഉത്തരാണ മാർഗത്തിലൂടെ ഗമിക്കുന്നു അവിടെ എന്ത് ചെയ്യുന്നു ബ്രഹ്മരോകത്തിലെത്തിച്ചേരുന്നു അവിടെ ഹിരണ്യഗർഭനോടൊപ്പം വസിക്കുന്നു ഫലം ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകളുള്ളവരെയാണ് മുമ്പ് പറഞ്ഞു മന്ദബുദ്ധി ഇതില്ലാത്തവർ ദിഗ്ദേശഗുണഗതി ഫല ഭേദശൂന്യം ഇത്തരം യാതൊരു ഭേദ കാഴ്ചപ്പാടുകളുണ്ടാക്കും പരമാർത്ഥ സയം പരമാർത്ഥമായ സത് ആ അദ്വയമായ തത്വം അതാണ് ബ്രഹ്മ ബ്രഹ്മെന്ന് പറയുന്നത് അത് മന്ദബുദ്ധിനാം അസതിവപ്രതിപാദി മന്ദബുദ്ധിയാണെങ്കിൽ അത് അസത്യവാദി ശൂന്യമാണ് അങ്ങനെയൊന്നുമില്ല എന്നെ പറയും ഇനി പറയുന്നത് എന്താണെന്ന് ചോദിച്ചു നിർഗുണമായ ഒരു ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞാൽ അതൊരിക്കലും മന്ദബുദ്ധിക്ക് ബോധിക്കത്തില്ല അവർ പറയും അത് നിർത്തും ഇനി സഗുണത്തെക്കുറിച്ച് എന്തെങ്കിലും പറയോ എനിക്കതാണിഷ്ടം അവിടെ അത് ആനന്ദമാണ് സാറിന് പറയാറുണ്ട് ആനന്ദം ആണ് അല്ലെങ്കിൽ സുഖമാണ് അപ്പം അതിനെ അനുഭവിക്കുന്നതാണ് ഇഷ്ടം സാറിന് പറയാറുണ്ട് പഞ്ചസാര മധുരമാണ് അതുകൊണ്ട് പഞ്ചസാര അനുഭവിക്കുന്നതാണിഷ്ടം മറിച്ച് എനിക്ക് പഞ്ചസാര ആകണ്ട എന്നൊക്കെ പറയാറുണ്ടോ അത്തരക്കാരെ എന്നെ ഇവിടെ ചേർത്ത് പറയുന്നു മന്ദബുദ്ധി പറയുന്നു മന്ദബുദ്ധിയുടെ കാഴ്ചപ്പാടാണ് മന്ദബുദ്ധി എന്ന് വെച്ചാൽ ദ്വൈതബുദ്ധി ദ്വൈതബുദ്ധിയുണ്ട് ഉപാസ ആയ താൻവേറെ ഉപാസ്യനായ അനേക ഗുണങ്ങളോടുകൂടി ഈശ്വരം വേറെ അപ്പോൾ ആ ഈശ്വരനെ ഉപാസിച്ച് ആ ഉപാസനയുടെ ഫലമായ ലോകപ്രാപ്തി അല്ലെങ്കിൽ ആനന്ദപ്രാപ്തി അതിനെ അനുഭവിച്ചുകൊണ്ടിരിക്കണം ഇതൊക്കെയാണ് മന്ദബുദ്ധിയുടെ നില അതുകൊണ്ട് ഇവിടെ പറയുന്നു അങ്ങനെയൊന്നുമില്ല ഇത് അനുഭവാതീതമാണ് നിർഗുണം നിരാകാരമാണ് നിത്യശുദ്ധവിധ സ്വരൂപമാണ് സച്ചിദാനന്ദമാണ് ഇനി അത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ അത് പറ്റത്തില്ല എനിക്കതിനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയും അതായിരുന്നു കഴിഞ്ഞാൽ അതിന് രസം അവനെ ആസ്വദിച്ചാലേ അതിലെ പറ്റും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഈ വിഷയാസ്വാദനത്തിലൂടെ ആസ്വാദനം എന്താണ് ആനന്ദം എന്താണെന്ന് അവൻ ഗ്രഹിച്ചിരിക്കുന്നു അപ്പോൾ ഈ ആനന്ദത്തിൽ വലിയൊരാനന്ദം അതും തനിക്ക് അനുഭവിക്കണമെന്നുള്ള ആഗ്രഹമാണ് അതാണ് സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇവിടെ സുഖങ്ങൾ അനുഭവിക്കുന്നു പക്ഷേ ഇതിലും വലിയൊരു സുഖത്തെ അനുഭവിക്കുന്നു അതിൽ സ്വർഗം അനുഭവിക്കുന്നു സ്വർഗസുഖം അനുഭവിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഒരു ദേവനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് രസകരവെന്നകരുത് അതിവിടത്തെ ഈ രസവുമായി താരതമ്യം ചെയ്തിട്ട് ഇതിനും വലിയൊരു രസമായിരിക്കുമോ അത് എന്ന് കരുതുന്ന അതാണ് അതാണ് മന്ദബുദ്ധി എന്ന് പറയുന്നത് പരമാർത്ഥതം അവനെ അസദ് ശൂന്യം പോലെയാണ് നമ്മളീ പറയുന്നത് ഗുണഗതി ഫലഭേദശൂന്യമായി അങ്ങനെ ഒന്നുമില്ല ഇതുവരും വാചകം മാത്രമേ ഉള്ളൂ അപ്പോൾ അത് ഇനി ആയിത്തീരേണ്ട കാര്യമില്ല അത് നീയാണ് അങ്ങനെയുള്ള നീ ഇനി അങ്ങനെ ഒരു ആനന്ദത്തെ അനുഭവിക്കേണ്ട കാര്യമില്ല അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് പരിച്ഛിന്നമാണ് അല്പമാണ് നഷ്ടപ്പെടുന്നതാണ് ഈ തരത്തിലൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല മറിച്ച് പരമാർത്ഥം എന്തോ അത് അസത്ത് പോലെ തോന്നുകയും ചെയ്യും അസദ്യോ പ്രതിഭവോ അതുകൊണ്ട് സാധാരണ ഭക്തന്റെ നിലപാടൊന്നും കൂടെ അംഗീകരിക്കത്തില്ല അദ്വൈതത്തിൽ ഭക്തന്മാർക്കൊരു ലേശം ബുദ്ധിമുട്ട് വരും പക്ഷെ ഇവിടെ അതിന് അംഗീകരിക്കത്തില്ല ഭക്തിയുടെ ഉയർന്ന തലങ്ങളിൽ അത് തത്വജ്ഞാനം തന്നെയാണ് അതിനെ കുറിച്ചുള്ള പറയും ഇവിടെ മന്ദബുദ്ധികളുടെ ഭക്തിയെക്കുറിച്ച് പറയാം മന്ദബുദ്ധികളുടെ ഭക്തിയിൽ എപ്പോഴും അവർക്ക് ഭേദം വേണം ഉപാസ്യനും ഉപാസകനും മേലെ വേറെ തന്നെ ഇരിക്കും ഉപാസനം ആ ഉപാസ്യ ദേവനിൽ നിന്ന് ആനന്ദം ലഭിക്കുന്നത് ഇതൊക്കെയാണ് അവരുടെ കാഴ്ചപ്പാട് അതീ അല്പാനന്ദ അനുഭവിച്ച് അതുകൊണ്ട് തൃപ്തി വരാത്തതുകൊണ്ട് അതിലും വലിയൊരു ആനന്ദം പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ അദ്വൈതത്തിൽ നിരക്കുന്ന കാര്യങ്ങളല്ല പക്ഷെ ശ്രുതിയുടെ നിലപാടെന്താണ് മന്ദബുദ്ധി എന്ന് പറഞ്ഞാൽ ആരും തള്ളിക്കളയുന്നില്ല അവരുപാസിക്കുന്നുണ്ടല്ലോ അവരും അവരുടെ ഹൃദയത്തിൽ ആ ഗുണങ്ങളെ സാക്ഷാത്കരിക്കുന്നു അങ്ങനെ അവരും ഒടുവിൽ ആ പരമാർത്ഥത്തെ പ്രാപിക്കുന്നു ഒരു ശ്രുതി ശ്രദ്ധയുള്ളവരാണ് ആസ്തികന്മാരാണ് അതുകൊണ്ട് സന്മാർഗസ്താഹ ആയിക്കോട്ടെ തർക്കം അവരങ്ങനെ സഞ്ചരിക്കട്ടെ നമ്മുടെ ബുദ്ധി തെളിയുന്നതുവരെ അവർ സഞ്ചരിക്കുന്നത് എന്താണ് സന്മാർഗത്തിലാണല്ലോ അവരീ ബ്രഹ്മമാർഗത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് അവരും ബ്രഹ്മത്തെ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉപാസന ചെയ്യുന്നത് ഭരണികർഭപ്രാപ്തി അത് ബ്രഹ്മപ്രാപ്തിയാണ് അതുകൊണ്ട് അവർ സന്മാർഗസ്ത സന്മാർഗത്തിൽ സഞ്ചരിക്കുന്നവരാണ് താവത് ഭന്തു അങ്ങനെ ആയിക്കോട്ടെ ആ വഴിക്ക് പോകട്ടെ പോകുന്ന വഴി അടിക്കുക തഥശനേഹി പരമാർത്ഥ സി ഗ്രഹയിഷ്യാമി അങ്ങനെ പോയാൽ ക്രമേണ ആ പരമാർത്ഥ തത്വത്തെയും അവർക്ക് ബോധിക്കാൻ കഴിയും ഇതി മഞ്ഞതെ ശ്രുതി അങ്ങനെ കരുതുന്ന ശരി പരമാർത്ഥത്തെ ബോധിപ്പിക്കാൻ തൽക്കാല യുവാസിനി തന്നെ തുടരട്ടെ കാരണം മന്ദബുദ്ധികൾക്ക് ഇത് ഗ്രഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വേറെന്താ ഉപായം അവരെന്തിനാണോ ഗ്രഹിക്കുന്നത് അതിനെ ഗ്രഹിക്കട്ടെ ഏത് മാർഗത്തിലാണോ സഞ്ചരിക്കുന്നത് അവിടെ സഞ്ചരിക്കട്ടെ എന്താണോ ഉപാസനയിലൂടെ നേടേണ്ടത് നേടട്ടെ അതിനെ നിരുത്സാഹപ്പെടുത്തുന്നില്ല പരമാർത്ഥത്തെ പറയുന്നു ആ പരമാർത്ഥത്തെ ബോധിക്കാമെങ്കിൽ ബോധിക്കുക അത് കഴിയില്ലെങ്കിൽ എന്താണോ ഇപ്പൊ ബോധിച്ചിരിക്കുന്നത് അത് സന്മാർഗമാണെങ്കിൽ അവിടെ സഞ്ചരിക്കുക ഒന്നുമില്ലാതിരിക്കാൻ പാടില്ലല്ലോ ഒടുവിൽ ആ തത്വത്തെ ഗ്രഹിക്കും അതുവരെ ഇത്തരം മാർഗങ്ങളിൽ സഞ്ചരിക്കുക ഇതാണ് ശ്രുതിയുടെ നിലപാട് എന്ന അതുകൊണ്ടടുത്ത് ഉപാസനയെക്കുറിച്ച് പറയുന്നു വൈദിക ഉപാസനയെക്കുറിച്ച് മന്ത്രത്തിൽ അധ ഇതിദം അസ്മിൻ ബ്രഹ്മപുരേ ദഹരം പുണ്ഡരീകം വേശ്മഹരോ അസ്മൻ അന്തരാകാശ തസ്മൻ യഹ ക്ഷിമാനന്ദ്രേ ബ്രഹ്മണുരം രാജ്യം അനേകനോബുദ്ധി സൗമ്യർകാര്യുക്തേ വിഷ്ണോ ശാലഗ്ര അത് അനന്തരം എന്ന് വെച്ചാൽ തത്വബോധത്തെക്കുറിച്ച് പറഞ്ഞു അതിനെ ബോധിപ്പിച്ചിട്ടും മന്ദബുദ്ധികൾ ഗ്രഹിക്കുന്നില്ല അവർക്കിഷ്ടം ഉപാസിക്കാനോ അവർക്കിഷ്ടം ധ്യാനിക്കാനോ എങ്ങനെ സഗുണത്തോടു കൂടിയ ഗുണങ്ങളോട് കൂടിയ ആ ബ്രഹ്മത്തെ അതിനുവേണ്ടി അടുത്ത് പറയുന്നു അങ്ങനെയാണെങ്കിൽ താല്പര്യം അതാണെങ്കിൽ അതായിക്കോട്ടെ അനന്തരം യഥിതം ഭക്ഷ്യമാനന്തഹരം അൽപ്പം പുണ്ഡരീകർഡരീകസൃശ്യം കുണ്ടരീക സദൃശ്യമായ ഹൃദയ കുണ്ടരീകം താമരമോട്ട് പോലെ ഇരിക്കുന്ന അതെന്താണ് അത് വേഷ്മയാണ് വേഷ്മ ദ്വാരാപാലാദിമപ്പുക അതൊരു വീട് പോലെയാണ് ിൽ ഇരിക്കുന്നതിനുള്ള ഒരു വീട് പോലെയാണ് ഹൃദയം ബ്രഹ്മപുരം രാജ്ഞാനം തഥാ യുധമാനേകുക്തം ഇത് ബ്രഹ്മപുരം ഈ ബ്രഹ്മപുരത്തിൽ പരബ്രഹ്മത്തിന്റെ പുരമാണ് ഇവിടെ സകുണബ്രഹ്മത്തെ ഉദ്ദേശിക്കുകയാണ് രാജ്ഞം അനേക പ്രകൃതി യഥാപുരം ഒരു രാജാവിന് അനേക തരത്തിലുള്ള മന്ത്രി സേനാപതി സൈനികന്മാർ ഭൃത്യന്മാർ തുടങ്ങി അനേക പ്രകൃതികളോടുകൂടിയ ഒരു പട്ടണമുണ്ട് ആ പട്ടണത്തിലാണ് ഇരിക്കുന്നത് തഥാ ഇതും അനേക ഇന്ത്യ മനോബുദ്ധി സ്വാമ്യർത്രി അതുപോലെ ഇതും ഈ ദഹരം അതും ഇന്ദ്രിയ മനോബുദ്ധി ഇന്ദ്രിയ മനസ്സുദ്ധി തുടങ്ങിയ സ്വാമ്യർത്ഥകാരിഭി രാജാവിന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നവർ രാജാവിരിക്കുന്ന പട്ടണത്തിൽ രാജാവിന് വേണ്ടി സേവിക്കുന്നതിന് വേണ്ടി അനേകം പേരുണ്ട് എല്ലാം രാജാവിന് വേണ്ടിയാണ് സർവ പ്രജകളും മന്ത്രിയും സേനയും സേനാധിപനുമെല്ലാം അതുപോലെ സൗമ്യർത്ഥകാരിഭി യജമാനു വേണ്ടി പ്രവർത്തിക്കുന്നവർ അവരാണ് ഇന്ദ്രിയ മനോബുദ്ധികൾ ഈ ശരീരം പുരേചേമ രാജ്ഞയസ്മിൻ ബ്രഹ്മപുരേ ശരീരം അതിലൂടെ ബ്രഹ്മപുരം എന്ന് പറയുന്നത് ശരീരമാണ് ആ ശരീരത്തിൽ ബ്രഹ്മോലബ് അധിഷ്ഠാനം അതാണ് ബ്രഹ്മ ഉപാസിക്കുന്നതിന് ഉപലബ്ധമാകുന്നതിന് അധിഷ്ഠാനമായി ഹൃദയത്തിൽ എങ്ങനെ ഉപാസിക്കുന്നു അങ്ങനെ ഫലമൊന്നാണ് കൂടെ സത്യകാമത്തോടു ഗുണത്തോടുകൂടി ഹൃദയത്തിൽ ഉപാസിച്ചു കഴിഞ്ഞാൽ സ്വന്തം ഹൃദയത്തിൽ അതേ രൂപത്തിൽ പ്രത്യക്ഷമാകും ബ്രഹ്മം ബ്രഹ്മം പ്രത്യക്ഷമാകാതെ ഉപാസനയ്ക്കനുസരിച്ച് പ്രത്യക്ഷമാകും അതിന് പൗരാണികമായി ബ്രഹ്മാവായും വിഷ്ണുവായും ശിവനായുമൊക്കെ പ്രത്യക്ഷമാകുന്നു ബ്രഹ്മം തന്നെ ഉപാസനയ്ക്കനുസരിച്ച് പ്രത്യക്ഷമാകും ഇവിടെ ഹൃദയത്തിൽ തന്നെ പ്രത്യക്ഷമാകും അതും അദ്വൈതത്തിലെ ഒരു സിദ്ധാന്തമാണ് ബ്രഹ്മം സ്വയം നിർഗുണമായിരിക്കുന്നുണ്ട് അതിൽ പ്രത്യക്ഷാദികളൊന്നും സംഭവിക്കുന്നുണ്ട് പ്രത്യക്ഷം അനുമാനം തുടങ്ങിയ പ്രമാണങ്ങളൊന്നും അവിടെ സംഭവിക്കത്തില്ല എന്നാൽ അത് തന്നെ സ്വാഭാവികമാകും ഉപാധികളോട് കൂടുമ്പോ ഏത് രീതിയിലാണോ ആ രീതിയിൽ അത് അതുകൊണ്ട് പ്രത്യക്ഷ വിഷയമാണ് പൗരാണികമായി വിഷ്ണു ശിവൻ ദേവി ദേവൻ തുടങ്ങിയ ഭാവങ്ങളിലെല്ലാം ഇത് പ്രത്യക്ഷമാകുന്നു ഉപാസനയ്ക്കനുസരിച്ച് അത് ഉപാസകന്റെ മനസ്സിന് വിഷയമാണ് സഗുണമായി കഴിഞ്ഞാൽ നിർഗുണമായി കഴിഞ്ഞാൽ അത് മനസ്സിന് വിഷയമില്ല ബ്രഹ്മത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്നു യഥോ വാചോ നിവൃത്ത സംബന്ധിച്ച് സഗുണത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല ഗുരു ഉപാസൻ സകുണോപാസൻ എന്താണോ ഗുരുവിൽ ഒരുപാട് ഗുണങ്ങളൊക്കെ ആരോപിക്കുന്നു എന്നിട്ട് ഉപാസിക്കുന്നു ധ്യാനിക്കുന്നു ദേവതോപാസനം ദേവതയ്ക്ക് സംബന്ധിച്ച് പലതും കൽപ്പിക്കുന്നു കൽപ്പിച്ചിട്ട് ഉപാസിക്കുന്നു അതുപോലെ സഗുണബ്രഹ്മോപാസം അവിടെയെല്ലാം എന്തിനാണ് ഉപാസിക്കുന്നത് പ്രത്യക്ഷമാവുന്നത് കാരണം പ്രത്യക്ഷ യോഗ്യമായ ഗുണങ്ങളോട് കൂടിയാണ് അതിനെ ഉപാസിക്കുന്നത് പ്രത്യക്ഷ യോഗ്യമായ കേവല ഗുണങ്ങളോ ആശ്രയിച്ചാണ് ഉപാസിക്കുന്നതെങ്കിൽ അങ്ങനെ പ്രത്യക്ഷമാകും ഗുണഭത്ത പ്രത്യക്ഷയോഗ്യമായ നാമരൂപാദികളോടുകൂടിയാണ് ഉപാസിക്കണമെങ്കിൽ അങ്ങനെ പ്രത്യക്ഷമാകും പ്രത്യക്ഷയോഗ്യമായ നാമരൂപാധികൾ ശങ്കചക്രകഥാ പത്മ രൂപത്തിലാണ് ഉപാസിക്കുന്നതെങ്കിൽ ആ രീതി പ്രത്യക്ഷമാണ് എല്ലായിടത്തും പ്രത്യക്ഷമാകുന്നത് ഈ ബ്രഹ്മൻ പക്ഷെ ഉപാസകന്റെ നിലയ്ക്കനുസരിച്ച് ഉപാസകൻ എങ്ങനെയാണോ ഇതിനെ ഗ്രഹിക്കാൻ തയ്യാറായത് ആ ഉപാസകന്റെ നിലയ്ക്കനുസരിച്ച് അത് പ്രത്യക്ഷമാകുന്നു എന്നാണ് അതുകൊണ്ട് ചിലടത്ത് ബ്രഹ്മം പ്രത്യക്ഷമാകുന്നു എന്ന് പറയും ചിലടത്ത് ബ്രഹ്മം പ്രത്യക്ഷമാകുന്നില്ല എന്ന് ഇതെല്ലാം ശരിയാണ് സഗുണഭാവത്തിൽ അത് പ്രത്യക്ഷമാകുന്നു നിർഗുണഭാവത്തിൽ അത് പ്രത്യക്ഷം അല്ല ഇതാണ് ഉദാഹരണം പറയുന്നത് വിഷ്ണു ശാലഗ്രാം ഇവിടെയും ബ്രഹ്മത്തിനൊരു ഇരിപ്പടമുണ്ട് എങ്ങനെയാണ് വിഷ്ണുവിന് സാളഗ്രാമം സാളഗ്രാമമാണ് സാളഗ്രാമം തന്നെ ഒരു കല്ലാണ് ഒരു കല്ലിന്റെ കൃഷ്ണൻ അത് വിഷ്ണുവിൻ്റെ ഇരിപ്പടമായിരിക്കുന്നു എന്നുവെച്ചാൽ വിഷ്ണുവിനെ ഉപാസിക്കുന്നതിന് ഉപായമായിരിക്കുന്നു സാളഗ്രാമത്തിൽ വിഷ്ണുവിനെ ഉപാസിച്ച വിഷ്ണു സാളഗ്രാമത്തിൽ പ്രത്യക്ഷപ്പെടും എന്തുകൊണ്ട് ഉപാസകൻ ആ ബ്രഹ്മത്തെ വിഷ്ണുവിന്റെ ഭാവത്തിലാണ് ഉപാസ്യൻ ഉപാസിക്കുമ്പോൾ വിഷ്ണുവിന്റെ രൂപത്തിലകടമായാലേ പറ്റൂ അസ്മിൻ ഹി സ്വികാരശുങ്ക നാമരൂപം വ്യാകരണമായ പ്രവിഷ്ടം സദാക്യം ബ്രഹ്മജീവേന ആത്മനായി ഇത് ബാഹ്യമായ ഉപാസനകളെക്കുറിച്ച് പറയുന്നു ശിവലിംഗത്തിൽ ശിവനുപാസി പ്രത്യക്ഷപ്പെടുത്തുക സാളഗ്രാമത്തിൽ വിഷ്ണുപാസി പ്രത്യക്ഷപ്പെടുക അതിനു വേണ്ടിയിട്ടുള്ള ഉപായങ്ങൾ മന്ത്രതന്ത്രങ്ങളെല്ലാം സ്വീകരിക്കുക പൂജാദികളെ സ്വീകരിക്കുക കുണ്ടലിനെ ഉണർത്തുക പറയുന്നത് ഈ അഭ്യാസങ്ങളിലൂടെയെല്ലാം ഇഷ്ടദേവതയെ ദേവനെയോ ദേവിയെയോ സാക്ഷാത്കരിക്കാൻ കഴിയുന്നു അതിവിടെ അദ്വൈതത്തിന് സമ്മതമായ കാര്യമാണ് അദ്വൈതവിനെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് കാരണം ഒരാൾക്ക് ഏതിനാണോ നേരത്തെ പറഞ്ഞ ഇഷ്ടം അത് ചെയ്യാം അതിൻ്റെ ഫലവും ഉണ്ടാവും അതുകൊണ്ട് ഇവിടെ അങ്ങനെ പുറമേ ശിവലിംഗത്ത് ഉപാസിക്കാനോ താളഗ്രാമത്ത് ഉപാസിക്കാനോന്നല്ല പറയും സ്വഹൃദയത്തിൽ ഉപാസിക്കാൻ പറയും സ്വവികാരശങ്ക നേരത്തെ പറഞ്ഞുണ്ടോ ത്രിവുത്കരണത്തെക്കുറിച്ച് പറഞ്ഞു പ്രിയുത്തേജോ സുഖം സൃഷ്ടിച്ചു അതിൻ്റെ കാര്യമായി ഇതെല്ലാം ഉണ്ടായി എന്നിപ്പോൾ പറഞ്ഞു അതാണ് സ്വികാരശുങ്ക ദേഹി ഈ ശരീരത്തിൽ ഈ ശരീരം അബ്രഹ്മെന്നുണ്ടായത് ത സൃഷ്ടുവ തദ്ദേവ അനുപ്രാവശ്യം പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചു അതിൽ ഈ ശരീരം രൂപപ്പെട്ടു അതാണ് സ്വവികാരശൃങ്കെ വികാരകാര്യമായിരിക്കുന്ന ഈ ദേഹത്തിൽ അതിൽ നാമരൂപ വ്യാകരണമായ പ്രവിഷ്ടം ആ നിർഗുണം ബ്രഹ്മം തന്നെ അത് നാമരൂപങ്ങളുടെ സൃഷ്ടിക്ക് വേണ്ടി ഈ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു ജീവഭാവത്ത് ആ ജീവനാണല്ലോ നാമരൂപങ്ങളെ സൃഷ്ടിക്കുന്നു പ്രവിഷ്ഠം സദാക്യം ബ്രഹ്മ ആ സത്തായിരിക്കുന്ന ആ ബ്രഹ്മം തന്നെ നാമരൂപങ്ങളെ പ്രകടമാക്കുന്നതിന് വേണ്ടി ഈ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുന്നു സത്ത് തന്നെ എങ്ങനെ ജീവേനാത്മന ജീവാത്മഭാവത്തിലതാണ് ജീവൻ എന്ന് പറയുന്നത് സദാക്യം ജീവനാത്മന ഇതാണ് സത് ആയിരിക്കുന്ന ബ്രഹ്മ സദേവ സൗമ്യ ആ സത്തിന് പറയുക അത് ഈ തത്സൃഷ്ട തദൈവ അനുപ്രാവശ്യം എന്നുള്ളതിനെ പറയുക അപ്പൊ ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ അതുകൊണ്ട് എന്താ അതിനെ ഉപാസിച്ച് ധ്യാനിച്ച് സാക്ഷാത്കരിക്കണമെന്ന് സാധ്യമാണ് പക്ഷെ അത് പരമാർത്ഥമല്ല കാരണം ഇവിടെ ശരീരമാകുന്ന പരിമിതിയിൽപ്പെട്ടിരിക്കുകയാണ് അവിടെ ഗുണങ്ങളാകുന്ന പരിമിതിയിൽപ്പെട്ടിരിക്കുകയാണ് അവിടെ ഉപാസിക്കുന്നവൻ ഉപാസ്യം ഉപാസന തുടങ്ങിയ ഉപായങ്ങളുണ്ട് ധ്യാനം ധ്യാതാവ് ധ്യേയം തുടങ്ങിയ ഉപാധികളുണ്ട് ആ ഉപാധികളിലൂടെ ഇതിനെ സാക്ഷാത്കരിച്ചാൽ അത് പൂർണമല്ല പക്ഷെ അതിനെ സാക്ഷാത്കരിക്കാൻ യോഗ്യമായ രീതിയിൽ ഉപാധിയുക്തനായി ഈ ബ്രഹ്മം സഹൃദയത്തിലേരുക്കൊണ്ട് ജീവനാത്മനാ ജീവാത്മഭാവത്തിന് അനുഭവ അതീതമാണെന്ന് പറയുന്നത് സാക്ഷാത്കാരത്തെക്കുറിച്ചും പറയുന്നു ഇതെങ്ങനെ ശരിയാവും മനസ്സിനും ബുദ്ധിക്കും എത്താത്തത് എങ്ങനെ സാക്ഷാത്കാരത്തിന് വിഷയമാക്കറയുന്നു ദോഷമില്ല ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാം ബ്രഹ്മത്തെ പ്രത്യക്ഷമാക്കാം ബ്രഹ്മം മനസ്സിനും ബുദ്ധിക്കുമൊക്കെ വിഷയമാണ് എങ്ങനെ വരുമ്പോൾ ഉപാധിയോടുകൂടി വരുമ്പോൾ ഹൃദയ പുണ്ടരിക്കെ ഈ ഹൃദയ താമര ഹൃദയമാകുന്ന താമരയിൽ ഉപസംഹൃത കർണേ ഈ കർണങ്ങളെല്ലാം ഉപസംഹരിച്ച് ഏകാഗ്രമായി ബാഹ്യവിഷയവിദഗ്ധി ബാഹ്യവിഷയങ്ങളോടൊന്നും താല്പര്യമില്ലാതെ ഇതിനു വേണ്ടിയിട്ടാണ് തപസ് ്രഹ്മചര്യം തുടങ്ങിയ സാധനങ്ങളെല്ലാം ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ് അന്ന് എടുത്തു പറയുന്നത് ബ്രഹ്മചര്യ സത്യസാധനാഭ്യാം ബ്രഹ്മചര്യാദി സാധനകൾ നിർദ്ദേശിച്ചിരിക്കുന്നതും ഉപാസനക്ക് വേണ്ടിയിട്ടാണ് അതും ഒരു മുഖ്യമായ കാര്യമാണ് ആ സാധന മുഖ്യമായും ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ് കാരണം ഉപാസകന്റെ മനസ്സ് ദൃഢമായിരിക്കുന്നു ഉപാസകന്റെ മനസ്സ് ഏകാഗ്രമായിരിക്കുന്നു ഉപാസനയിലൂടെ ആ തത്വത്തെ സാക്ഷാത്കരിക്കുന്നതിനുള്ള ക്ഷമത ആ മനസ്സിന് വേണം ധ്യാനിക്കുന്നതിന് ബലമുള്ള മനസ്സിനെ പറ്റും മനസ്സിൻ്റെ ബലമെന്ന് പറയുന്നത് എന്താണ് ജീവന്റെ ഇച്ഛാശക്തിക്ക് അധീനമായിരിക്കും അതാണ് ബലം ആ മനസ്സെന്ന് പറയുന്ന പാൽ പാറ പോലെ കടുത്തിരിക്കുന്ന സാധനം അത് മനസ്സിന്റെ ബലം ജീവന്റെ ഇച്ഛാശക്തിയും മനസ്സിന്റെ ഭാഗമാണ് അതിനും മനസ്സ് അധീനമായിരുന്നോ പറയും മനസ്സിന് ഉറപ്പുണ്ട് ബലമുണ്ട് എന്ന് പറയും അപ്പോ ഒരുവിനെ ധ്യാനിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പറയുന്ന തരത്തിൽ ഹൃദയത്തിൽ തന്നെ ഈ സത്യകാമാതി ഗുണമുള്ള ബ്രഹ്മത്തെ ഉപാസിക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിന് ബലമുണ്ടായാലും പറ്റും മനസ്സ് ഇച്ഛാശക്തിക്ക് അധീനമായിരുന്നാലും പറ്റും മനസ്സ് ഇച്ഛാശക്തിക്ക് അധീനമല്ലെങ്കിൽ മനസ്സ് അതിന്റെ സ്വഭാവം അനുസരിച്ച് എന്താ മനസ്സിന്റെ സ്വഭാവം പരിണാമം അതാണ് മനസ്സിന്റെ സ്വഭാവം അനന്തമായി പരിണമിച്ചു കൊണ്ടിരിക്കുക ഇതാണ് മനസ്സിന്റെ സ്വഭാവം മനസ്സ് പരിണമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ വിഷയരൂപങ്ങളെ പ്രാപിക്കുക അതാണ് മനസ്സിന്റെ പരിണാമം അത് ബാഹ്യമോ ആന്തരികമോ അതോ ബാഹ്യമായ വിഷയം അറിയാം ശബ്ദസ്പർശ രൂപരിസരം തന്നെ മനസ്സിന്റെ സ്വഭാവമാണ് ഈ ആകാരത്തെ അത് പ്രാപിച്ചുകൊണ്ടേയിരിക്കുക അതാണ് മനസ്സിന്റെ പരിണാമം എന്ന് പറയും ഇത് മനസ്സിന്റെ സ്വഭാവമാണ് ഒരു വസ്തുവിന്റെ സ്വഭാവത്തെ മാറ്റാൻ പറ്റത്തില്ല എന്തുകൊണ്ടത് സൃഷ്ടിയിലെങ്ങനെയാണ് അഗ്നിയുടെ സ്വഭാവത്തെ ഉഷ്ണമാണ് മാറ്റാൻ കഴിയും ജലത്തിന്റെ സ്വഭാവം ശീതമാണത് മാറ്റാൻ കഴിയും മാറ്റാൻ കഴിയത്തില്ല ജീവന് കഴിയത്തില്ല സൃഷ്ടികർത്താവിന് കഴിയും ജീവൻ അത് കഴിയില്ല അത് തന്നെയാണ് മനസ്സിൻ്റെ സ്ഥിതി മനസ്സിന്റെ സ്വഭാവം എന്ന് പറയുന്നത് പരിണാമം എന്ന് വെച്ചാൽ വിഷയാകാരത്തെ പ്രാപിത്യം ഇത് മാറ്റാൻ ജീവന് സാധ്യമല്ല അത് അങ്ങനെ ഇരിക്കും വിഷയാകാലത്തെ പ്രാപിച്ചാതിരിക്കും അതിൽ നേരത്തെ പറഞ്ഞ് രണ്ട് തരത്തിലുണ്ട് വിഷയം ബാഹ്യമായ വിഷയങ്ങൾ ഇനി ഒന്ന് ആന്തരികമായ വിഷയങ്ങളാണ് ആന്തരികമായ വിഷയം എന്ന് പറഞ്ഞാൽ സുഖ ദുഃഖാദികൾ കാമക്രോധാദികൾ ഇതൊക്കെയാണ് ആന്തരികമായ വിഷയം ഈ വിഷയങ്ങളെ പിന്നെ സഹിക്കും ഇത് എന്നെക്കാളും മനസ്സിനെ ആകർഷിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് മനസ്സിന്റെ രണ്ട് പരിണാമങ്ങളാണ് സ്മൃതിയും ഭാവനയും ഭാവന എന്ന് പറഞ്ഞാൽ ഭാവിയെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ ഭാവന അവിടെയും വിഷയങ്ങളുണ്ട് അപ്പോൾ ഭാവന എന്ന് പറയുമ്പം അവിടെ വിഷയങ്ങൾ കൈവാറും മനഃപരിണാമ രൂപത്തിലാണ് സങ്കല്പാത്മകമാണ് അപ്പ ആ രൂപത്തിൽ മനസ്സ് പരിണമിച്ചുകൊണ്ടിരിക്കുക അതും മനസ്സിന്റെ ഒരു പരിണാമമാണ് മനസ്സിന് ബാഹ്യ വിഷയം തന്നെ വേണമെന്നില്ല ശബ്ദസ്പർശ രൂപരസഗഗന്ധങ്ങളായ ബാഹ്യ വിഷയം തന്നെ വേണമെന്ന് ഭാവനയിലുള്ള വിഷയങ്ങളായാലും ആ രൂപത്തിൽ മനസ്സ് പരിണമിച്ചുകൊണ്ടിരിക്കും അതും മനസ്സിൻ്റെ സ്വഭാവം ഇനിയും മറ്റൊന്നുള്ള സ്മൃതി വിഷയം അതീതമായി കടന്നുപോയി പക്ഷെ അത് മനസ്സിലുണ്ട് പരിണാമരൂപത്തിൽ മനസ്സിലുണ്ട് ആ രൂപത്തിൽ മനസ്സ് പരിണമിച്ചുകൊണ്ടിരിക്കും ആന്തരികമാവുമ്പോൾ സംഭവിക്കുന്ന എന്താണ് ബാഹ്യമാണെങ്കിൽ നമുക്ക് വിഷയങ്ങളുണ്ടെന്ന് പറയാം ശബ്ദസ്പർശരൂ പരിസരത്തെ വിഷയങ്ങളുണ്ട് ആന്തരികം അങ്ങനെയല്ല മനസ്സ് സ്വയം വിഷയമായും വിഷയത്തെ ഗ്രഹിക്കുന്നതായും പരിണമിച്ചുകൊണ്ടിരിക്കുന്നു വിഷയരൂപത്തിലും പരിണമിക്കുന്നു അതിന്റെ ഗ്രഹണരൂപത്തിലും പരിണമിക്കുന്നു ഇതെല്ലാം ജീവനുമായി ബന്ധപ്പെട്ട കാര്യം ഈ പരിണാമം ജീവന്റെ ഇച്ഛാശക്തിക്ക് അധീനമല്ല ഞാൻ ഇച്ഛിക്കുന്നു എന്റെ മനസ്സാരീതിയിൽ പരിണമിക്കണമെന്ന് വിചാരിച്ചാൽ സാധ്യത അതങ്ങനെ സംഭവിച്ചു ഇനി അതിനെ ഇച്ഛാശക്തിക്ക് അധീനമാക്കുന്നതാണ് ഉപാസന ശ്രീ പറയുന്നു നിന്റെ ഹൃദയത്തിൽ സത്യകാമത്വ അതിഗുണത്തോടു കൂടിയ അതിനെ ആ ബ്രഹ്മതത്വത്തെ ഉപാസിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ ഉപാസിക്കുന്നതിന് ജീവൻ ഇച്ഛിക്കുന്നു ആ ഇച്ഛാശക്തിക്ക് അധീനമായി മനസ്സ് പരിണമിക്കുന്നതാണ് ഉപാസന അവിടെ എങ്ങനെ പരിണമിക്കുന്നു മുമ്പ് അനുഭവിച്ചിട്ടില്ല അതുകൊണ്ട് ഇവിടെ ശ്രുതി സാധ്യമല്ല വിഷയം ബാഹ്യമല്ല അതുകൊണ്ട് ശബ്ദരൂപരസഗന്ധങ്ങൾ ഗ്രഹിക്കുന്നതുപോലെ ഗ്രഹിക്കാൻ വയ്യ പിന്നെന്താ കേവലം ഭാവന അതേ ശ്രുതി ബോധിപ്പിച്ചു അത് സത്യമാണ് ജ്ഞാനമാണ് എന്ന് ബോധിപ്പിച്ചു ശ്രീ ബോധിപ്പിച്ചതിന് അല്ലെങ്കിൽ ഗുരു ബോധിപ്പിച്ചതിന് മനസ്സ് ഭാവനാരൂപത്തിന് പിന്തുടരുന്നു അത് മനസ്സിന്റെ പരിണാമം അത് ഇച്ഛാശക്തിക്ക് അധീനമാണെങ്കിൽ പറയും മനസ്സിന് ബലമുണ്ട് കാരണം അവിടെ തന്നെ പോകുന്നു മനസ്സ് ഇച്ഛാശക്തിക്ക് അധീനമല്ലെങ്കിൽ മനസ്സവിടെ നിൽക്കത്തുക മനസ്സ് അവിടേക്കും പോവും മറ്റു പല ഇതിലേക്കും പോവും ആന്തരികമായി പല വിഷയങ്ങളെ ധ്യാനിക്കും എന്നുവെച്ചാൽ ആന്തരികമായും മനസ്സ് പല രൂപത്തിൽ പരിണമിച്ചുകൊണ്ടേ അതിലേക്ക് ബാഹ്യമായും പരിണമിക്കും അതുപാസനാകത്തില്ല അത് നല്ല മാനസിക ബലമുള്ളവർക്ക് സാധ്യമാണ് ഉപാസന അവിടെ മനസ്സിനെ ഏകാകാരത്തിൽ പരിണമിപ്പിക്കണം ഏക വിഷയത്തിൽ മനസ്സിനെ പരിണമിപ്പിക്കും ഇച്ഛാശക്തി കൊണ്ട് പരിണമിപ്പിക്കും മറ്റു സഹജമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മനസ്സിൻ്റെ സൃഷ്ടിയുടെ ഭാഗമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രപഞ്ചത്തിന്റെ ഭാഗമായി അത് സംസാരമാണ് ഇവിടെ അങ്ങനെയുള്ള തസ്മാ അസ്മിൻ ഹൃദയക്കുണ്ടരിക്കുകയും ഈ ഹൃദയത്തിൽ അതാണ് ബ്രഹ്മപുരം ്രഹ്മാവിൻ്റെ ബ്രഹ്മത്തിന്റെ ഇരിപ്പിടം സകുളം ബ്രഹ്മത്തിന്റെ ഇരിപ്പിടം സകുളം ബ്രഹ്മത്തിനേ ഉള്ളൂ അങ്ങനെ ഒരു നിർഗുണ ബ്രഹ്മത്തിനങ്ങനെ പ്രത്യേകിച്ചൊരു ഇരിപ്പിടം ഒന്നുമില്ല ഉപസംഹൃത കരുണൈഹി എല്ലാ കർണങ്ങളെയും ഗ്രഹിച്ച് മറ്റ് കർണങ്ങളൊന്നും പ്രവർത്തിക്കാതെ ഏത് കർണം പ്രവർത്തിച്ചാലും ശരി അവിടെയെല്ലാം സംഭവിക്കുന്നതും മനസ്സിന്റെ പരിണാമമാണ് കണ്ണു കാണുന്നിടത്ത് ചെവി കേൾക്കുന്നിടത്തും മൂക്കമുണക്കുന്നിടത്തും എല്ലാം സംഭവിക്കുന്ന ഒരേ ഒരു കാര്യം മനസ്സിന്റെ പരിണാമം എന്തുകൊണ്ട് മനസ്സ് അതാത് വിഷയങ്ങളെ ഗ്രഹിക്കുന്നു അതാണ് മനസ്സിന്റെ പരിണാമം നേരത്തെ പറഞ്ഞു അപ്പൊ ഈ കർണങ്ങളിലൂടെ ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സ് പരിണമിക്കാതിരിക്കുക അതാണ് ഉപസംഹൃത കർണം അതെങ്ങനെ സംഭവിക്കും ഈ ഇന്ദ്രിയങ്ങളിലൂടെ മനസ്സ് വിഷയരൂത്തിൽ പരിണമിക്കാതിരിക്കുന്ന എങ്ങനെ എന്തുകൊണ്ട് ബാഹ്യവിഷയ വിരഗ്തേ ഹി ബാഹ്യവിഷയങ്ങളോട് താൽപ്പര്യമില്ല മനസ്സിന് അല്ലെങ്കിൽ ആ മനസ്സിൻ്റെ ഉടയനായിരിക്കുന്ന ജീവൻ ആ ജീവൻ ഈ മനസ്സിലൂടെ ഈ വിഷയങ്ങൾ ഗ്രഹിക്കാൻ താൽപ്പര്യപ്പെടുന്നില്ല ഇതെല്ലാം മനസ്സിൽ തന്നെ അതാണ് ബാക്കി വിഷയവിരക്തം എന്ന് പറയുന്നത് അത് ഈ പറയുന്ന ഹൃദയദേശത്തുള്ള ഉപാസനയിലുള്ള താല്പര്യം കൊണ്ടേ ഉള്ളു മനസ്സ് ശ്രവണ ബ്രഹ്മാകാരത്തിൽ പരിണമിച്ചാലേ അത് സാധ്യമാവും രണ്ടു ഒരുമിച്ച് സംഭവിക്കുന്നു വിഷയങ്ങളിൽ നിന്നുള്ള മനസ്സിന്റെ പിന്മാറ്റം എന്നുവെച്ചാൽ മനസ്സ് വിഷയാകാരത്തിൽ പരിണമിക്കാതിരിക്കുക അത് മനസ്സ് ആത്മാകാരത്തിൽ പരിണമിച്ചാലേ സാധ്യമാകും ഒന്നിന്റെ തീവ്രത അനുസരിച്ച് മറ്റൊന്നിന്റെ തീവ്രത കുറയും വിഷയാകാരമായി പരിണമിക്കുന്നതാണ് മനസ്സിന് താൽപ്പര്യമെങ്കിലും അത് ആത്മാകാരമായി പരിണമിക്കത്തില്ല ആത്മാകാരമായി പരിണമിക്കുകയാണ് മനസ്സിന്റെ താൽപ്പര്യമെങ്കിലും അത് വിഷയാകാരമായി പരിണമിക്കത്തില്ല ഒന്ന് കൂടുന്നതനുസരിച്ച് മറ്റു കുറയും അതാണ് വിഷയവിരക്തേഹി മനസ്സ് വിഷയാകാലത്തിൽ പരിണമിച്ചിട്ടുണ്ടെങ്കിൽ പറയും വിഷയവിരക്തി എവിടെയാ വിരക്തി മനസ്സിന് മനസ്സോട്ട് പോകുന്നില്ല ആ രീതിയിൽ വിഷയത്തെ ഗ്രഹിക്കുന്നില്ല അതാണ് പറയുന്നത് ബഹിർമുഖനായിരിക്കുന്നവനൊരിക്കലും ധ്യാനം സാധ്യമല്ല വ്യവഹാര പ്രധാനങ്ങൾക്ക് ധ്യാനം സാധ്യമല്ല ഒരാൾ വ്യവഹാരത്തിലിരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിനിടയ്ക്ക് ധ്യാനിക്കാൻ പറ്റത്തില്ല അറിനെ ധ്യാനിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ ശുദ്ധാസംബന്ധം ആൾക്കാരെ പറ്റിക്കാൻ പറയുന്നു ശാസ്ത്രത്തിന് വിരുദ്ധമാണ് അതൊരിക്കലും സാധ്യമേ അല്ല നാനാകാര്യങ്ങളിൽ എന്തുകൊണ്ട് സാനോട് പറയുന്നു മനസ്സ് നാനാ രൂപത്തിൽ പരിണമിക്കുകയാണെങ്കിൽ എങ്ങനെ അതിന് ആത്മാകാരമായി ഏകരൂപത്തെ പരിണമിക്കാൻ കഴിയും അത് സാധ്യമല്ല കാരണം അത് മനസ്സ് പല രൂപത്തിലായിപ്പോയി പിന്നെ അതെങ്ങനെ ഏകരൂപത്തിലാകും രണ്ടും ഒരുമിച്ച് നടക്കത്തില്ല മനസ്സ് ഏകരൂപത്തിലാകണെങ്കിൽ പല രൂപത്തിലാകത്തില്ല രാവിലെ അരമണിക്കൂറിരുന്നിട്ട് ഇവിടെ ധ്യാനിക്കുകയും ബാക്കി മുഴുവൻ സമയവും വ്യവഹാരത്തിൽ മുഴുകിയിരിക്കുകയും ചെയ്ത് രണ്ടും കൂടെ നടക്കത്തില്ല ഒന്നേ അടക്കത്തില്ല കാരണം അത് അതിൻ്റെ സ്വഭാവമാണ് മനസ്സിൻ്റെ സ്വഭാവമാണ് അത് ഏത് തരത്തിൽ പരിണമിക്കുന്നു അതിലേക്ക് ഇടങ്ങി പോകും കുടിച്ച ഘട്ടത്തിൽ ഉപാസനക്ക് അത് സാധ്യമല്ല ഉപാസന സാധ്യവുമല്ല മനസ് കൂടുതൽ സമയം ഏകരൂപത്തിൽ പരിണമിച്ചാൽ അത് ഉപാസനവും കൂടുതൽ സമയത്തിൽ പരിണമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യോഗശാസ്ത്രത്തിൽ നിദ്രയെ കൂടി നിരോധിക്കണമെന്ന് പറയുന്നു നിദ്രാപെടുത്തി ഉറക്കം പോലും അതാണ് ഉപാസനയുടെ രീതി ഉറങ്ങാതിരുന്നാൽ പോരാ ഉപാസിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുന്നു ഉറങ്ങാതിരിക്കാൻ ആർക്കും കഴിയും ഉപാസനയിലിരിക്കും അതാണ് അല്ലെങ്കിൽ ആരെങ്കിലും ഉപാസിച്ചിട്ടുള്ള ആരെങ്കിലും ഉപാസനശീലിച്ചിട്ടുള്ള ഏതെങ്കിലും മഹാത്മാക്കളുടെയോ ആരുടെയെങ്കിലും ജീവിതമെടുത്തു നോക്കുക അവർ ഈ വിഷയങ്ങളെയെല്ലാം പിന്തള്ളി ഉപാസിച്ചിട്ട് അവർക്ക് അതിന്റെ ഫലം ഉണ്ടായിട്ടുള്ളു ഈ വിഷയങ്ങളോടൊപ്പം ഇരുന്നിട്ട് അവരുപാസിച്ച് അതായത് ആരുടെയും ചരിത്രത്തിൽ പറയുന്നു അവർ പോലെ അവർ പ്രപഞ്ചത്തെ മറന്നിരുന്നു പ്രപഞ്ച വ്യവഹാരങ്ങളിൽ നിന്ന് അവർ വിട്ടിരുന്നു അങ്ങനെ ഇരുന്ന ഒരു കാലത്ത് മാത്രമേ അവർ ഈ ഉപാസന എന്ന് പറയുന്നത് സംഭവിച്ചിട്ടുള്ളൂ അല്ല നമ്മൾ വരുന്നതുപോലെ പത്ത് മിനിറ്റ് ഉപാസന അരമണിക്കൂർ ഉപാസന ആഴ്ചയിൽ ഒരു ദിവസത്തെ ഉപാസന മാസത്തിൽ രണ്ടുപക്ഷത്തിൽ രണ്ട് ദിവസത്തെ ഉപാസന ആണ്ടിൽ ഒരു മാസത്തെ ഉപാസന ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളില്ല അലങ്കാരത്തിനുള്ള പറയാൻ കൊള്ളാം പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല അതാണ് പരമാ ഇവിടെ പറയുന്ന ഉപസംഹൃതകരണേ ഹി ബാഹ്യവിഷയവിദഗ്ധി മറ്റെല്ലാ പരിപാടികളും അതിന് കഴിയുമെങ്കിലേ പറ്റും മറ്റ് വിഷയ മറ്റ് വ്യവഹാരങ്ങളിൽ ഇരിക്കുന്നവരെന്താ മോശക്കാരണോന്നല്ല പറയുന്നത് ഈ ഉപാസനക്ക് കഴിയില്ലെങ്കിൽ മറ്റു വ്യവഹാരങ്ങളിൽ തന്നെ ഇരിക്കുക എന്തെങ്കിലും വേണമല്ലോ അല്ലെങ്കിൽ ആലസത്തിപ്പോ അത് ഉപാസനയ്ക്ക് ശേഷിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് വ്യവഹാരം അല്ല ഉപാസകന് വേണ്ടിയിട്ടല്ല വ്യവഹാരം ബാഹ്യവിഷയവിരക്തേ ഹി അപ്പോൾ അത് മനസ്സിന് ബലം വേണം മനസ്സ് വിഷയാകാരത്തിൽ പരിണമിക്കാതിരിക്കണം വിഷയാകാരത്തിൽ പരിണമിക്കുന്നതിനുള്ള താല്പര്യം ഉണ്ടായിട്ടാണ് അല്ലെങ്കിൽ അത് പോകത്തില്ല മനസ്സിനുള്ള വാസനയുണ്ട് അപ്പോൾ എന്തുകൊണ്ട് പത്ത് മിനിറ്റേ ഉപാസിക്കാൻ പറ്റുന്നുള്ളൂ മനസ്സിനുള്ള യോഗ്യത ഇല്ലാത്ത കൊണ്ടാണ് അല്ലാതെ ലോകസംഗ്രഹത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല പത്ത് മിനിറ്റ് ധ്യാനിച്ച് ബാക്കിയുള്ള സമയം വ്യവഹാരങ്ങൾ മൊഴിയില്ലെങ്കിൽ ലോകവും നശിച്ചു അതുകൊണ്ട് ലോകത്തെ നിലനിർത്താൻ വേണ്ടി ഞാൻ ചെയ്യണം അങ്ങനെയൊന്നും ഭാവിച്ചിട്ട് കാര്യമില്ല മറിച്ച് മനസ്സിന് വിഷയങ്ങളോട് താല്പര്യമുള്ള കൊണ്ടാണ് വിഷയത്തിൽ മുഴുകുന്നത് വേറൊന്നും അല്ല അല്ലാതെ പോകത്തല്ലേ മനസ്സ് വിഷയാകാലത്ത് പരിണമിക്കുന്നു അതുകൊണ്ടാണ് ഭാഷ്യഷയ വിരക്തീ ഇതിന് ശാസ്ത്രം ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല നമ്മളാ സൗകര്യം അനുസരിച്ച് നമ്മുടെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന എന്ത് വളരെതായ്മയും ന്യായീകരിക്കുന്നു എന്തു വേണ്ടാതീനം ചെയ്താലും ന്യായീകരിക്കാൻ പറ്റും അതവനവൻ്റെ സൗകര്യം ശാസ്ത്രം അവന് നിന്ന് വരത്തില്ല ഉള്ളത് ഉള്ളതുപോലെ പറയുന്നു ബാഹ്യവിഷയവിദഗ്ധനായിരിക്കണം വിശേഷത ബ്രഹ്മചര്യ സത്യസാധനാഭ്യാം ബ്രഹ്മചര്യം സത്യം തുടങ്ങിയ സാധനങ്ങൾ വേണം ഉപാസന വേണമോ അതെല്ലാം വേണം എന്തുകൊണ്ട് കാരണം വിഷയത്തോടുള്ള ആഗ്രഹം ഇച്ഛ ഉള്ളതുകൊണ്ടാണ് മനസ്സങ്ങോട്ട് പോകുന്നത് മനസ്സാരീതി പരിണമിക്കുന്നത് ഐച്ഛയില്ലാതിരിക്കുക അതാണ് ബ്രഹ്മചര്യം പറയുന്നതാണ് മനസ്സിനെ പ്രലോഭിപ്പിക്കുന്ന ആ വിഷയങ്ങളോടുള്ള ആഗ്രഹം അതില്ലാതിരിക്കുക അതാണ് ബ്രഹ്മചര്യം ആഗ്രഹത്തെ നിയന്ത്രിക്കുന്നതും ബ്രഹ്മചര്യമാണ് അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ മനസ്സിന് വിട്ടുകൊടുക്കുക അത്തരം ആഗ്രഹങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ഉപായങ്ങളും ബ്രഹ്മചര്യമാണ് എന്തിനാ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നു ഈ ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്ന കഠിനമായൊരു വ്രതം ഒരാൾ സ്വീകരിക്കുന്നത് ലോകം നന്നാക്കാനൊന്നുമല്ല ലോകം നിന്നാക്കാൻ ഇതിന്റെ ആവശ്യവുമില്ല ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ഒരു ജീവന് സ്വയം അവന്റെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വ്രതത്തെ ലോകം നന്നാക്കാ ഇറങ്ങി ഇത് രണ്ടും നടക്കത്തില്ല സത്യവും നടക്കത്തില്ല ബ്രഹ്മചര്യവും നടക്കത്തില്ല ലോകം നന്നാക്കുന്നവരിൽ ഇത് കാണത്തുമില്ല കാരണം അത് ലോകത്തിനത് പാലിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ലോകം നന്നാക്കുന്നവർ പറയട്ടെ ഉണ്ടെന്ന് എഴുന്നേറ്റെന്ന് പറയുന്ന പറഞ്ഞാൽ പറ്റില്ല ഇത് രണ്ടും നടക്കത്തില്ല രണ്ടെണ്ണം പറയത്ത് പറയുന്നു വ്യവഹാരത്തിൽ നിൽക്കുക സത്യം പാലിക്കുക അവരിക്കലും സാധ്യമുണ്ട് കാരണം വ്യവഹാരത്തിൽ സത്യം നഷ്ടപ്പെടും അസത്യത്തെ സ്വീകരിക്കേണ്ടി വരും അല്ലെങ്കിൽ വ്യവഹാര സ്വഭാവമാണ് മനസ്സിൽ വിഷയത്തോട് ആഗ്രഹം ഉണ്ടാക്കിയ എന്ത് വിഷയമായി കൊള്ളാം അവിടെ ബ്രഹ്മചര്യം നഷ്ടപ്പെടും നിൽക്കുക വിഷയങ്ങളോടും താല്പര്യം ഉണ്ടാകും ഇത് സാധ്യമാണ് അവിടെ താല്പര്യം വരും അപ്പോൾ ഇത് രണ്ടിനും ബ്രഹ്മചര്യ ശ്രദ്ധ ഇത് രണ്ടും എന്നെ നശിപ്പിക്കുന്നതാണ് വ്യവഹാരമൊന്നും അപ്പോൾ ഈ രണ്ട് ഉപാസനക്ക് ഇത് രണ്ടും ആവശ്യമാണ് ഞാൻ പറയുന്നത് ഫുൾ ടൈം ഉപാസകരുടെയാണ് പാർട്ട് ടൈം കാരുടെ അല്ല ഇതൊന്നുമില്ലാതെയും പാർട്ട് ടൈം ഉപാസന പറ്റും ഒട്ടേ ഉപാസന ഇവിടെ ഭാഷകാരം പറയുന്ന രീതിയിൽ എന്താണെന്ന് ഉപസംഹൃത കരണൈഹി ബാക്കി വിഷയ വിരക്തീ വിശേഷത പറയുന്നു വിശേഷിച്ച് ബ്രഹ്മചര്യ സത്യസാധനാബേ രണ്ട് സാധനങ്ങളെ എടുത്തു പറയുകയാണ് അതായത് വിഷയ ഇച്ഛ മനസ്സിലുണ്ടാകാതിരിക്കുക ഈ പറയുന്ന ഉപാസന അല്ലാതെ ഉപാസന വേണമെങ്കിൽ ഒരു വിഷയം ഒന്നെടുക്കാം അതല്ലാതെ മറ്റു വിഷയങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളിലൂടെ ഇത്ത ആ സാധനായുക്തനായിരിക്കും അത് പൂർണമായ ത്യാഗം കൊണ്ടേ സാധ്യമാണ് എല്ലാ പ്രലോഭനങ്ങളെയും ത്യജിക്കുന്നവനെ അത് സാധ്യമാകും അല്ലാത്തവന് ഉപാസന സാധ്യമാകത്തില്ല അങ്ങനെയുള്ളവന് വക്ഷ്യമാണ് ഗുണവത് ധ്യായമാനേഹി ഇനി പറയാൻ പോകുന്ന ഹൃദയദേശത്തുള്ള ആ സത്യം പോലെയുള്ള ഗുണങ്ങളുള്ള ആ ബ്രഹ്മത്തിന് ഉപാസിക്കുന്നവന് ബ്രഹ്മ ഉപലഭ്യതയെ അവനാ ബ്രഹ്മത്തെ സ്വന്തം ഹൃദയത്തിൽ തന്നെ സാക്ഷാത്കരിക്കാൻ കഴിയും നിർഗുണമായ ബ്രഹ്മമല്ല സഗുണബ്രഹ്മ അപ്പോൾ ഒരു ഉപാസനയുടെ മാർഗത്തിൽ സഞ്ചരിക്കുകയാണെങ്കിലും ബ്രഹ്മചര്യം സത്യം തുടങ്ങിയ സാധനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അവന് ഏകാന്തമായി ഹൃദയത്തിൽ ധ്യാനിച്ചു കഴിഞ്ഞാൽ അവന് ബ്രഹ്മത്തെ സാക്ഷത്കരിക്കും അതാണ് ഉപാസനയുടെ അവധി നിസ്സാരമായത് ഇത്രയും വലിയ തപസം മറ്റൂടെ നിർദ്ദേശിച്ചിരിക്കുന്നു ഇതാണ് ഈ സന്ദർഭത്തിൻ്റെ താല്പര്യം ഉപാസനയെ കുറിച്ച് പറയുന്നത് ഉപാസനയ്ക്ക് കൂടിയൊരു തീരുവത്തരത്തിൽ പൂർണമായി ഒരു ഉപാസന വിഷയവിദഗ്ധനായി ഏകാഗ്രമായി ഹൃദയത്തിൽ അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു അതിനുള്ള ചിത്തബലത്തോടുകൂടി മനസ്സ് ഏകപരിണാമത്തോടുകൂടി സജാതീയ പ്രത്യേക പ്രവാഹം എന്നൊക്കെ ആ രീതിയിൽ ഒരാൾക്ക് തുടരാൻ പറഞ്ഞു ഇത് പറഞ്ഞിരിക്കുന്ന മന്ദബുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഭാഷകാന്റെ അഭിപ്രായത്തിൽ അങ്ങനെ മന്ദബുദ്ധിയായിരിക്കാനും കഴിയാത്തവരുവാനും വേണ്ടിയിട്ടാണ് മറ്റ് സാധനങ്ങൾ പറയുന്നത് കർമ്മയോഗവും മറ്റുകളാണ് പറയുന്നത് അതിനും യോഗ്യത ഇല്ലാത്ത അതിനും കഴിയാത്ത ഒരുവിനെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത് ഇത് മുഖ്യമായ വൈദിക ഉപാസനയെ കുറിച്ച് പറയുന്നു അത് പൂർണ്ണമായ ത്യാഗം കൊണ്ട് അത് സാധ്യമാകും പൂർണ്ണമായ നിഷ്ഠ കൊണ്ട് അത് സാധ്യമാകും അങ്ങനെ ഉപാസിക്കുന്നവന് ആ ബ്രഹ്മം ഉപലബ്ധമാകുന്നു സാക്ഷാത്കരിക്കാൻ പറ്റും സാക്ഷാത്കാരമെന്ന് പറയുമ്പോൾ അദ്ദേഹം അനുസരിച്ച് സഗുണബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ പറ്റും അല്ല പറയുന്നു ദഹരോ അല്പതരോ അസ്മിൻ ദഹരേനോ അൽപത്വാ തത് അന്തർവർത്തിനോ അല്പതരത്വം വേശ്മനഹ പക്ഷെ ഇതിന് വേറൊരു കാര്യം മനസ്സിലാകുന്നു ഇങ്ങനെ ഈ ഇത്രയും മായ സാധനയിലൂടെ ഉള്ള ആ മനസ്സിൻ്റെ ഏകാഗ്രതയിലാണ് ഇത് സാക്ഷാത്കരിക്കുന്നത് എന്ന് പറയുന്നതുകൊണ്ട് ഒരു ജീവന് അതങ്ങനെ അങ്ങ് സാധിച്ചോളിയാന്ന് തന്നെ കാരണം വിഷയത്യാഗത്തിലൂടെ അത് സാധ്യമല്ല അത് സാധ്യമല്ലാതെ വ്യവഹാരത്യാഗത്തിലൂടെ ഇത് സാധ്യമാകുമെന്ന് വിചാരിച്ചത് അതും സാധ്യമാകത്തില്ല കാരണം വ്യവഹാരം ത്യജിച്ചാൽ ഒരാൾക്ക് വ്യവഹാരത്തിലിരുന്നു കൊണ്ട് ബ്രഹ്മചര്യവും സത്യവും പാലിക്കാൻ സാധ്യമല്ല വ്യവഹാരം ത്യജിച്ചാൽ സാധിക്കും അതും പ്രയാസമാണ് എന്തുകൊണ്ട് വ്യവഹാരത്യാഗത്തിലും മുഖ്യം മനസ്സാണല്ലോ മനസ്സിൽ ആശകൾ ശേഷിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മചര്യം നഷ്ടപ്പെടും സത്യവും നഷ്ടപ്പെടും അപ്പം വ്യവഹാരത്യാഗം ഒന്നുകൊണ്ട് മാത്രം സാധ്യമല്ല അത് മുഖ്യമായും ആ ജീവന്റെ യോഗ്യതയനുസരിച്ചിരിക്കും അപ്പോൾ യോഗ്യതയുള്ള ഒരുവൻ വ്യവഹാരത്യാഗത്തിലൂടെ ഇവിടെ പറയുന്ന തരത്തിലുള്ള ബ്രഹ്മധ്യാനം ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് പ്രത്യക്ഷമാവും എന്നെ പറയാൻ പറ്റും അല്ലാതെ വ്യവഹാരത്തിൽ മുഴുകിയിരിക്കുന്നവർ വ്യവഹാരത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് ധ്യാനത്തിലൂടെ ഇത് സാക്ഷാത്കരിക്കാൻ എന്ന് പറയുന്നതിനും അർത്ഥമില്ല ഉപഹാരത്യാഗത്തിനും യോഗ്യതയുണ്ട് ദേഹോ അല്പതരു അസ്മിൻ ദഹരേ വേശ്മിന് വേശ്മനോ അല്പത്വന്തർവർത്തനോ അല്പതരത്വം വേശ്മിനഹരം എന്ന് വെച്ചാൽ അല്പമുള്ള ഈ വീട് ബ്രഹ്മത്തിന്റെ വീട് അതിന്റെ ഉള്ളിൽ എന്താണ് അന്തരാകാശ ഈ ഹൃദയപുണ്ഡരീകം താമരമുട്ടുപോലെ ഇരിക്കുന്ന ഹൃദയം അതിൻ്റെ ഉള്ളിൽ ഒരാകാശമുണ്ട് കാരണം അത് പൊള്ളയാണ് പൊള്ളയായ ഭാഗം അതിനകത്തുണ്ട് അന്തരാകാശ ആകാശാഖ്യം ബ്രഹ്മ ആകാശം എന്ന് പറയുന്നത് ചിലപ്പോൾ ആകാശം എന്നുള്ള അർത്ഥത്തിൽ ഇടുകയും ചിലപ്പോൾ അന്ധക്കരണമെന്നുള്ള അർത്ഥത്തിൽ ഇടുകയും ചിലപ്പോൾ ബ്രഹ്മം എന്നുള്ള അർത്ഥത്തിനുള്ള മൂന്നർത്ഥത്തിനും പറയും ഹൃദയത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ബ്രഹ്മം ആകാശോ വൈ നാമേദി ഹി വക്ഷതി പേരുണ്ട് ഈ ബ്രഹ്മത്തിന് ഉള്ളിലിരിക്കുന്ന ഹൃദയത്തിലിരിക്കുന്ന ആ സഗുണ ബ്രഹ്മത്തിന് ആകാശമൊന്നും പേരുണ്ട് ആകാശീവ അശരീരത്വ അസൂക്ഷ്മ സർവഗതത്വ സാമാന്യകാശമായിട്ട് ചില സമാനതകളുണ്ട് അശരീരമാണ് രൂപമില്ല അസൂക്ഷ്മമാണ് സർവവ്യാപിയാണ് തസ്മിൻ ആകാശാഖ്യെ അത് അവിടെ അതിൻ്റെ ഉള്ളിൽ ആകാശത്തെ ബ്രഹ്മമൊന്നെടുത്തു കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ ആകാശത്തെ ആകാശമൊന്നും അന്ധകർമ്മമൊന്നും എടുത്തുകഴിഞ്ഞാൽ അവിടെ തദ്ഭാവ തദ്ദേവച വിശേഷണ വിജ്ഞാസിതമയും വിജ്ഞാസിതമയും അതിനാണ് ധ്യാനിക്കേണ്ടത് ഉപാസിക്കേണ്ടത് ഗുരുവാശ്രയ ശ്രവണാദ്യുപായീ എങ്ങനെ അതിനുപാസിക്കണം ഗുരു പറഞ്ഞുതരും അല്ലെങ്കിൽ ശാസ്ത്രം ബോധിപ്പിക്കും എങ്ങനെ ഉപാസിക്കണമെന്നാണ് ഇവിടെ ശ്രുതി പറയുന്നത് ആ അന്വേഷിച്ച് സാക്ഷാത്കരണീയം അങ്ങനെ തന്നെ ഉപാസി അന്വേഷിക്കുക എന്ന് വെച്ചാൽ ഉപാസി എനിക്ക് ധ്യാനിച്ച് അവിടെ സഗുണബ്രഹ്മത്തെ ഉപാ സാക്ഷാത്കരിക്കാം എന്നാ എങ്ങനെ അടുത്ത് പറയുന്നു അവിടെ അതിന് യോഗ്യത ഉള്ളവൻ ഏതൊരു ജീവനാണോ മനസ്സിന് ബലമുള്ളത് ചിത്തബലമുള്ള ഒരുവന് ആ ചിത്തത്തെ തൻ്റെ ഇച്ഛാശക്തിക്ക് അധീനമാക്കി ഏകാകാര പരിണാമിയാക്കി മാറ്റം ഒരേ വിഷയത്തിൽ തന്നെ ചിത്രം പരിണമിക്കും അത് ഹൃദയത്തിൽ ഹൃദയദേശത്തുള്ള ആ ബ്രഹ്മത്തിൽ അപ്പൊ അതിനെ സഗുണബ്രഹ്മോപാസനാണെന്ന് പറയുന്നത് അവിടെ ശിഷ്യം ചോദിക്കുന്നു അവിടുപുരേ ദഹരേ പുണ്ഡരീഗമ്യേ സ്മ ദഹരോ അമ്മന്തരാകാശം തയ്യേ യവ്യം യദ് വിജിജ്ഞാസി സ ബ്രൂയാ ഇനി അതിനകത്ത് എന്താണെന്നുള്ളതിനെ വിശദീകരിച്ച് പറയുന്നു ഇങ്ങനെ പറയുമ്പോൾ ഹൃദയദേശത്തിൽ ഉള്ള ബ്രഹ്മത്തെ ധ്യാനിക്കണം അതിനെ സാക്ഷാത്കരിക്കണം എന്ന് പറയുന്ന ആചാര്യനോട് അന്തേവാസികൾ ശിഷ്യന്മാരെ ചോദിക്കുന്നു കഥം എങ്ങനെ യഥിദം അസ്വിൻ ബ്രഹ്മപുര പരിശിന്നെ അന്തർദഹനം പുണ്ഡരീകം ഭീഷ്മി അന്തരം അത്പഥരവ ആകാശ ഇവിടെ പറഞ്ഞു എന്താണ് ബ്രഹ്മപുരം എന്ന് പറഞ്ഞു ബ്രഹ്മം വസിക്കുന്ന പട്ടണമാണ് അതിൻ്റെ ഉള്ളിൽ പുണ്ടരീങ്കം ഭേസ്മൻ താമരമുട്ടൻ്റെ ആകൃതിയിൽ അതിനൊരു വീടുണ്ട് തതോപ്പി അന്തര അത് അതിൻ്റെ ഉള്ളിലൊരാകാശമുണ്ട് പുണ്ഡരീകൈവേസ്മിനി താപത് കിം സവിടെ എന്താ ഉള്ളത് കിം തോ അത്പതരേഖ്യേ യത് ഭവേ അതിൻ്റെ ഉള്ളിലുള്ള ആകാശത്തിൽ അവിടെ ഇനി എന്താ ഉള്ളത് ദേഹാന് അന്തര ആകാശ കിം തദ്ധ്യേ അവിടെ എന്തെങ്കിലും ഉണ്ടോ അവിടെ ഒന്നും ഇല്ലല്ലോ ഹൃദയം ഞാൻ മുറിച്ചെല്ലാം നോക്കിയിട്ടുണ്ട് അതിൻ്റെ അകത്തൊന്നും കണ്ടിട്ടില്ല എന്നാ വിദ്യതേ കിഞ്ചന അവിടെ ഒന്നും കാണുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് ധ്യാനിക്കേണ്ടത് എലിതാമാഹര മാത്രം കിമഭി വിദ്യതേ കിം പറയുന്നു അവിടെ ദഹരം അല്പമായി എന്തെങ്കിലും ഉണ്ട് എന്ന് അതിനെ അന്വേഷിച്ചിട്ട് അതിന് ഉപാസിച്ചിട്ട് എന്താ പ്രയോജനം വിജിജ്ഞാസനേന അതിനറിയാൻ ആഗ്രഹിച്ചിട്ട് എന്താ പ്രയോജനം ഫലം വിജിജ്ഞാസ്യ ഞാൻ ഇതിനുവേണ്ടി ശ്രമിച്ചാൽ എന്താ എനിക്ക് ഫലം അവിടെ ധ്യാനിച്ചാൽ ഇതൊക്കെ ശിഷ്യന്റെ സംശയമാണ് ഉണ്ടാവുന്നത് ഇതൊക്കെ ചെയ്തിട്ട് എന്താ ഫലം ഇത്രയും കാലം ചെയ്തിട്ടും ഒരു ഫലമൊന്നും ഉണ്ടാവില്ല ഇനി ചെയ്തു കഴിഞ്ഞാൽ എന്ത് ഫലം ഉണ്ടാവും ഉണ്ടാവുന്നെന്താ ഉറപ്പ് അതോ എത്ര അന്വേഷിട്ടവ്യം എന്താണ് അന്വേഷിക്കേണ്ടത് വിജിജ്ഞാസിതവ്യം എന്തിനാണ് അറിയേണ്ടത് എന്ന തേന പ്രയോജനം അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ശിഷ്യന്റെ നിരാശ ഇതെല്ലാം കേട്ട് കേട്ട് പ്രയോജനമൊന്നുമില്ല എന്ന് ബോധ്യപ്പെട്ട ശിഷ്യന്റെ നിരാശ്രയോജനം അങ്ങനെയുള്ളവനോട് ആചാര്യൻ പറയുന്നു പറയുകയാണ് എന്തെങ്കിലും നിരാശപ്പെടേണ്ട കാര്യമില്ല അതിനുള്ള വഴികളുണ്ട് എന്ന് പറയുകയാണ് വിധിജ്ഞാസ്യം സബ്രുയാ എന്താണ് പറയുന്നത് കേൾക്കു अंतर्हद आकाश उम्मिवी अंदरविश्च वायुस्थ सूर्याचंद्रमसौ विदन यस्वस्म सहित म തത്രഅ്രൂത പുരീകരം പറയുന്നു ഈ ശരീരം ശരീരത്തിൻ്റെ ഒരു ചെറിയ ഹൃദയം ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു അല്പം ഇടം അവകാശം അതിൻ്റെ ഉള്ളിൽ ഒരൽപം എന്ന് പറയുമ്പോൾ ഇതത്ര ചെറുതാണ് കാര്യം തത് അസത് പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ല നഹിഖം പുണ്ഡരീകേശ്മ ഗതം പു അല്പതരം മൊത്ത അവോചം പറയുന്നിവിടെ അങ്ങനെ ചെറുതാക്കി ചെറുതാക്കി ഒരു ചെറിയ സാധനത്തെ കുറിച്ച് പറയുന്നതല്ല ശരീരം അതിൻ്റെ ഉള്ളിൽ ഹൃദയം ഹൃദയത്തിന്റെ ഉള്ളിൽ ആകാശം അതിൻ്റെ ഉള്ളിൽ ഒരു ചെറുത് ഇങ്ങനെയല്ല പറയുന്നതിന്റെ താല്പര്യം അസ്മിൻ അന്തരാകാശീല് പിന്നെന്താണ് കിം പുണ്ഡരീകം അൽപ്പം തത് അനുവിധായി തസ്ത പുണ്ഡരീക ആകാശ പരിച്ഛിന്നം തസ്മിൻ േ സമൃദ്ധകർണാനം യോഗിനാം സ്വച്ഛ പ്രതിബിംബരൂപ ആദർശൈവശുദ്ധേ സ്വച്ഛം വിജ്ഞാനജ്യോതി സ്വരൂപ അവഭാസം താമൻ മാത്രം ബ്രഹ്മോപലഭ്യതയിൽ അസ്മിൻ അന്തരാഭാസ്യവോചാമ അന്ധക്കരണ ഉപാധി നിമിത്തം പറയുന്നു അവിടെ അങ്ങനെ ചെറുതായി ചെറുതായി പോകുന്ന ഒരു സാധനം ഉണ്ടെന്നല്ല പറയുന്നു പിന്നെയോ ും ദർഹി പുണ്ഡരീകം അൽപ്പം ശരിയാണ് ഹൃദയം ചെറുതാണോ തത് അനുവിതായി കസ്തമെന്തൊക്കെയല്ല ശരി അവിടെ എന്താണോ ഒരു മനസ്സുമുണ്ട് മനസ്സിന്റെ സ്ഥാനം അതാണെന്ന് പറയുന്നു മനസ്സിന്റെ സ്ഥാനമെന്ന് പറയുന്ന എന്തുകൊണ്ട് മനസ്സിനെ ജീവൻ എവിടെയാണോ നിക്ഷേപിക്കുന്ന മനസ്സെവിടെയിരിക്കും മനസ്സിന്റെ സ്വഭാവമാണ് ആത്മകല്യാണത്തിന് വേണ്ടി മനസ്സിനെ ഹൃദയത്തെ നിക്ഷേപിക്കും വിഷയഭോഗത്തിന് വേണ്ടി മനസ്സിനെ വിഷയത്തിൽ നിക്ഷേപിക്കും എവിടെ തന്നെ നിക്ഷേപിക്കുന്നത് അവിടെ അതിരിക്കും അതുകൊണ്ട് ഇവിടെ പറയുന്നു മനസ്സിൻ്റെ സ്ഥാനം ഉപാസകനെ സംബന്ധിച്ച് ഉപാസ്യമായിരിക്കുന്ന ആ ദേവതയുടെ സ്ഥാനമാണ് മനസ്സ് അതിനൊരു സ്ഥാനത്തെ കണ്ടുപിടിച്ചു ഈ ശരീരത്തിൽ ഹൃദയം ശരീരമധ്യത്തുള്ള ഹൃദയദേശത്തെ കണ്ടുപിടിച്ചു അല്ലൊരു എന്താണ് സാളഗ്രാമത്തെയും ശിവലിംഗത്തെയും ഒക്കെ അത് എന്തുകൊണ്ട് താളഗ്രാമത്തെ ഉപാസിക്കാൻ എടുത്തു എന്ന് ചോദിച്ചാൽ അതൊരു സൗകര്യം എന്തുകൊണ്ട് ശിവലിംഗത്തെ എടുത്തു എന്ന് ചോദിച്ചാൽ അതൊരു മറ്റൊരു സൗകര്യം അതുപോലെ എന്തുകൊണ്ട് ഹൃദയത്തെ എടുത്തു എന്തുകൊണ്ട് തലച്ചോറിന് ഉപാസിച്ചുകൂടെ പേടത്തും പറയുന്നില്ല തലച്ചോറിനെ ഉപാസിക്കും അതല്ല ചെയ്യാറില്ല ശിവലിംഗത്തെ ഉപസിക്കുന്നതിന് പകരം എന്താണ് പാറ ഉപാസിക്കുന്നില്ലല്ലോ അതിന് അതിൻ്റെതായ ചില സവിശേഷതകളുണ്ട് അതുപോലെ ഹൃദയ അർത്ഥമാണെങ്കിലും കുണ്ടരീകം അതിൻ്റെ ഉള്ളിൽ എന്താണോ തസ്തമെന്തൊക്കെ അതിൻ്റെ ഉള്ളിൽ ആ മനസ്സ് കുണ്ടരീക ആകാശ പരിച്ഛിന്നം ആ മനസ്സിനൊരു ഉപാധിയാണ് അവിടുത്തെ ആകാശം അതിനൊരിടമുണ്ടല്ലോ മനസ്സിന് ഇരിക്കാനൊരിടം വേണ്ടേ തസ്മിൻ വിശുദ്ധി അവിടെ ആ മനസ്സ് വിശുദ്ധമായ മനസ്സിൽ നേരത്തെ പറഞ്ഞല്ലോ ബ്രഹ്മജീതി സത്യസാധനകളെ കൊണ്ട് വിശുദ്ധമായിരിക്കുന്നു മനസ്സ് ഉപസംഹൃത കർണാനാം അവിടെ മനസ്സ് മറ്റു വിഷയരൂപത്തിൽ നിന്നും പരിണമിക്കാതിരിക്കുമ്പോൾ യോഗിനാം അതാർക്ക് യോഗികൾക്കേ സാധ്യമാവും യോഗിയുടെ ഉപാസനയെക്കുറിച്ച് പറയും മനസ്സ് മറ്റു വിഷയങ്ങളിൽ നിന്നും പരിണമിക്കാതെ മനസ്സ് ആ ഹൃദയത്തിൽ തന്നെ കേന്ദ്രീകരിച്ച് സ്വച്ഛ ഉതകെ അവിടെ ആ മനസ്സ് വളരെ സ്വച്ഛമായിരിക്കുന്നു എങ്ങനെയാണോ ഉദകെ പ്രതിബിംബരൂപം പ്രതിമരൂപം ആദർശ എങ്ങനെയാണോ ജലത്തിൽ പ്രതിബിംബം കാണുന്നത് എങ്ങനെയാണോ കണ്ണാടിയിൽ പ്രതിബിംബത്തെ കാണാൻ കഴിയുന്നത് അതുപോലെ തൃഷ്ണ തദൈവ അനുപ്രാവശ്യം താൻ തന്നെയാണ് സൃഷ്ടിച്ചത് സൃഷ്ടിച്ചതിൽ താൻ തന്നെയാണ് അനുപ്രവേശം ചെയ്തത് എന്നാലും അനുപ്രവേശം ചെയ്ത ആ ഹൃദയത്തിൽ തന്റെ പ്രതിബിംബമാണ് കാണുന്നത് സർവവ്യാപിയായിരിക്കുന്ന ആകാശത്തെ കണ്ണാടിയിലും കാണുന്നത് പോലെ അതുപോലെ സർവവ്യാപിയായിരിക്കുന്ന ഈ സൃഷ്ടികർത്താവ് സത് അത് താൻ തന്നെ സൃഷ്ടിച്ച ആ ഹൃദയദേശത്തിലെ അന്ധകരണത്തിൽ അത് ശുദ്ധമാണെങ്കിൽ പ്രതിബിംബിക്കും ആദർശീവച്ച ശുദ്ധിയെ ജലത്തിനും കണ്ണാടിയിലും പ്രതിബിംബിക്കുന്നത് പോലെ സ്വച്ഛം അവിടെ പ്രതിബിംബിക്കുമ്പോൾ എന്താണത് അത് സ്വച്ഛമാണ് പരമപരിശുദ്ധമാണ് വിജ്ഞാനജ്യോതി അത് ജ്ഞാനപ്രകാശമാണ് സ്വരൂപാവഭാസം അതെന്താണ് അത് തൻ്റെ തന്നെ സ്വരൂപത്തിന്റെ പ്രകാശമാണ് അല്ലേ തത് സൃഷ്ട്രാവശ്യം സൃഷ്ടിച്ചവൻ തന്നെ സൃഷ്ടിയിൽ കയറിപ്പറ്റിയിരിക്കുകയാണ് അപ്പം അവിടെ പ്രകാശിക്കുന്ന ആ സൃഷ്ടികർത്താവ് തന്നെ അതാണ് സ്വരൂപാവഭാസം താവൻ മാത്രം ബ്രഹ്മോപലഭ്യത അതുകൊണ്ട് ആ ശുദ്ധമായ രീതിയിൽ അത് അവിടെ പ്രകാശിക്കുന്നു ഹൃദയത്തിൽ ഇത് അശ്വിൻ അന്തരാകാശി തൃഗോചാമ അന്തക്കണ്ണു ഉപാധി നിമിത്തം അതുകൊണ്ടാണ് പറഞ്ഞത് അത് അല്പമാണ് അത് ഹൃദയദേശമാണ് ഹൃദയദേശത്തിൽ അത് പ്രകാശിക്കുന്നു അനുഭവപ്പെടുന്നു ഇതെല്ലാം മനസ്സാകുന്ന ഉപാധിയെ സ്വീകരിച്ചുകൊണ്ട് ഉപാസകന്റെ ഉപാസനയുടെ ഫലമായി നിർദ്ദേശിച്ചിരിക്കുകയാണ് അങ്ങനെ അവിടെ പ്രത്യക്ഷമാകുന്നതെന്നും മറിച്ച് ബ്രഹ്മത്തിനങ്ങനെ പ്രത്യേകിച്ചൊരു സ്ഥാനമൊന്നുമില്ല ഹൃദയമൊന്നോ തലച്ചോറൊന്നും ഒരു സ്ഥാനമൊന്നുമില്ല ഹൃദയത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ശിവലിംഗത്തിന്റെയും സ്ഥാനമേ ഉള്ളൂ അതുകൂടെ മനസ്സിലാക്കും ഹൃദയത്തിന് അധികം കവിഞ്ഞൊരു സ്ഥാനമൊന്നുമില്ല ഇവിടെ ഉപാസനയെ സംബന്ധിച്ച് സാളഗ്രാമത്തിന് ഒരു സ്ഥാനമുണ്ടല്ലോ ഉപാസന പ്രണവത്തിനും ഒരു സ്ഥാനമുണ്ടല്ലോ അതുപോലെ ഒരു സ്ഥാനം അതാണ് ഹൃദയം അല്ലാതെ അവിടെ ജീവൻ വന്നിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല ജീവൻ അരൂപിയാണ് അതിനിരിക്കാൻ സ്ഥാനം വേണ്ട ആകാശം എവിടെ ഇരിക്കുന്നത് അതിനേതിന് സ്ഥാനമുണ്ട് ആകാശത്തേക്കാൾ സൂക്ഷ്മമായ ജീവൻ ഇരിക്കാൻ ശരീരത്തിൻ്റെ ആവശ്യമുള്ള സ്ഥാനവും ആകാശത്തേക്കാളത് സൂക്ഷ്മമാണ് എന്നാലും ജീവനെ ഇങ്ങനെയെല്ലാം വർണ്ണിക്കുന്നത് ആ ജീവന് സൃഷ്ടിച്ച് ഈ സൃഷ്ടിയിൽ അനുപ്രവേശം ചെയ്ത ജീവന് അതിനെ സാക്ഷാത്കരിക്കുന്നു അതിനു വേണ്ടിയിട്ട് ഹൃദയവും ഹൃദയത്തിന്റെ ആകാശവും ആകാശത്തിൽ അന്തക്കണ്ണും അന്തക്കണ്ണത്തിന്റെ ശുദ്ധിയും അന്ധക്കണ്ണശുദ്ധിയിൽ ഉള്ള അതിന്റെ സാക്ഷാത്കാരത്തെ ഇവിടെ പറയുന്നു സ്വതസ്തുയാൻ വഴി പ്രസിദ്ധ പരണാമതമായ ആകാശോ ഭൗതിക താവാനേഷോ അന്ധഹൃദയാകാശോ എന്നാണ് സ്വയം എന്താണ് ഈ ബാഹ്യമായ ആകാശം അതുപോലെ തന്നെ ഉള്ളിലകാശം യസ്മിൻ അന്വേഷണം ചോദിച്ചു അതിലാണിവിടെ ധ്യാനിക്കാൻ പറഞ്ഞിരിക്കുന്നത് സാക്ഷാത്കരിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഉപാസകന് സ്വന്തം ഹൃദയത്തിൽ എന്ന് വെച്ചാൽ സ്വന്തം അന്ധക്കണ്ണത്തിൽ തൻ്റെ ഉപാസനയിലൂടെ എന്നാൽ ധ്യാനത്തിലൂടെ എങ്ങനെയാണോ ധ്യാനിക്കുന്ന നുസരിച്ച് ഇതിനെ സാക്ഷാത്കരിക്കാൻ കഴിയും ആകാശ തുല്യ പരിണാമത്വം അഭിപ്രായത്തിയ താവാൻ എത്തിച്ചതേ ഇത് ആകാശം പോലെയാണ് എന്നുള്ള അളവിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നതല്ല കിം ദർ ഈ ബ്രഹ്മണോ അനുരൂപ ദൃഷ്ടാന്ത അന്തരസ്യഭാവ കാരണം ബ്രഹ്മത്തിന് ദൃഷ്ടാന്തമല്ല അതുകൊണ്ട് ബ്രഹ്മത്തിനൊരിക്കലും ഒരു ദൃഷ്ടാന്തം പറയാൻ പറ്റത്തില്ല അതുപോലെയാണ് ഇതുപോലെയാണെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ബ്രഹ്മത്തെ വർണ്ണിക്കുമ്പോൾ ആകാശത്തിന് സമാനമായ ഗുണങ്ങളോടുകൂടി വർണ്ണിക്കുന്നത് സർവവ്യാപിയാണ് അപരിച്ഛിന്നമാണ് അത് പരിണാമത്തിന് ഒന്നും വിധേയമാകുന്നില്ല ഇങ്ങനെയെല്ലാം പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ മനസ്സിലാക്കാൻ ബ്രഹ്മം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ബ്രഹ്മത്തെ നിർദ്ദേശിക്കുന്നു അല്ല ബ്രഹ്മം പോലെയാണ് ആകാശമൊന്നും ആകാശം പോലെയാണ് ബ്രഹ്മമൊന്നും എന്നുള്ള അർത്ഥത്തിലല്ല ആ അർത്ഥത്തിലല്ല പറയുന്നത് കഥ മുന്നറിഞ്ഞ ആകാശം സൗമ്യ എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഈ ആകാശം തന്നെ ബ്രഹ്മമായി കൂടാ അത് സത്യമില്ല ഏതെന്തുകൊണ്ടാണോ ഈ ഭൂമിയും ആകാശവും ദലോവും എല്ലാം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഭൂമിയും ചന്ദ്രനും നക്ഷത്രങ്ങളും സൂര്യനും എല്ലാം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ഏതൊരാകാശമാണോ ആകാശവും ആ ആകാശത്തിനും ആധാരമായ ദുലോകവും ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഏതൊന്നിനെ കൊണ്ടാണോ എന്ന് പറയുന്നതാണ് ബ്രഹ്മതത്വവും അതിനാണ് ഹൃദയത്തെ ധ്യാനിക്കാൻ പറയുന്നത് അത് ആകാശമല്ല തസ്മാത്മാത്മന ആകാശ സംഭൂത മുൻപ് ഒന്നാണ് ഇത് ആകാശമല്ല ആകാശം ഉണ്ടായത് ഏത് ലോക്ഷര ഗാർഗി ആകാശ ഈ ആകാശത്തിലാണ് നമ്മളീ കാണുന്ന ആകാശം ബോധവും പൂർവതവുമായിരിക്കുന്നത് ഊടും പാവും പോലെ ചേർന്നിരിക്കുന്നത് എന്നെല്ലാം ഗാർഗി ഉപദേശിക്കുന്നുണ്ടെന്നും പറയുന്നു ഇത്യാദി ശ്രദ്ധ്യ ഹിന്ദു അസ്മിൻ ധ്യാവ പൃഥ്വി ബ്രഹ്മകാശേ ബുദ്ധിപാതി വിശിഷ്ട അന്തരീവ സമാഹിതേ സമിഗാഹിതെ സ്ഥിതി പറയുന്നു ഈ ബുദ്ധ ഈ പൃഥ്വി ലോകം എല്ലാ ലോകവും ഈ ബ്രഹ്മമാകുന്ന ആകാശത്തിൽ എന്നുവെച്ചാൽ എന്താ ബുദ്ധി ഉപാധി വിശിഷ്ടേ ഇതെല്ലാം ഈ മനസ്സിലല്ലേ ബുദ്ധിയാ കേവലം മനസ്സാണല്ലോ പ്രകാശിക്കുന്ന മനസ്സ് പ്രകാശമില്ലാത്ത മനസ്സല്ല സുഷൃത്തി പോലെ ഈ പ്രകാശിക്കുന്ന മനസ്സിലാണ് സംയകാഹിത സ്ഥിതി ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് എന്ത് ലോകവും പൃഥ്വി ലോകവും സർവ്വതും പതിനാൽ ലോകവും ഇതിലാണ് സ്ഥിതി ചെയ്യുന്നത് അത്രയും മഹത്വമാണ് ഈ അന്തരാകാശമായ ബുദ്ധി ആ ബുദ്ധിയെ ശുദ്ധിയിൽ അവിടെ ധ്യാനിച്ചാൽ സാക്ഷാത്കരിക്കാം യഥാ വാര നാഭുവിദ്യുക്തം അത് നമ്മൾ പറഞ്ഞിട്ടുള്ള എങ്ങനെയാണോ ആരക്കാലുകളെല്ലാം നാഭിയിൽ ഉറച്ചിരിക്കുന്ന അതുപോലെ ഈ പ്രപഞ്ചമെല്ലാം ഉറച്ചിരിക്കുന്ന ആകാശം ആ ആകാശത്തെ ഹൃദയത്തിൽ ധ്യാനിക്കുക തഥാ ഉഭവോ അഗ്നിശ്ചവായുശ്ച അതും പറഞ്ഞുള്ള അഗ്നിയും വായുവും എല്ലാം ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഈ ആകാശത്ത് ആത്മന ആത്മീയത്വേന ദേഹവധോ അസ്ഥിവിദ്യദേഹലോകെ തഥാച്ച ആത്മീയത്വന വിദ്യ ഇനി എന്താണ് ദേഹരൂപിയായി ഒരുവൻ ഇനി വേറൊരുവൻ നഷ്ടം ഭവിഷ്യച് നാസ്തി നശിക്കുന്നു ഇല്ല എന്ന് പറയുന്നു എന്നു അത്യന്തമേവസും അത്യന്തമില്ല എന്നുള്ള അർത്ഥത്തിലല്ലാകാശേ സമാധാനം അനുപത്തെഹി അതൊന്നും ഈ കേവലം ആകാശത്തിൽ സാധ്യമല്ല അവിടെ ആകാശം എന്ന് പറയുന്ന പരമാത്മാവെന്ന് തന്നെ എടുക്കണം സർവത്തെയും ഉൾക്കൊള്ളാൻ ആ പരമാത്മാവിനെ പറ്റും ഈ ഹൃദയത്തിലിരിക്കുന്ന ജഡാകാശത്തിനോ ബാഹ്യമായ ആകാശത്തിനോ സാധ്യമുണ്ട് സർവത്തെയും ഉൾക്കൊള്ളുന്ന പരമാത്മാവുന്ന ആകുന്ന ആകാശത്തിന് മാത്രമേ സർവത്തെയും നിലനിർത്താൻ സാധ്യമുള്ളൂ ആ പരമാത്മാവാകുന്ന ആകാശത്തെ ഹൃദയദേശത്ത് ഉപാസിച്ച് സാക്ഷാത്കരിക്കുക ധ്യാനിച്ച് പ്രത്യക്ഷമാക്കുക ഗുണങ്ങളോട് കൂടി അതാണ് ഇവിടെ പറയുന്നത് അവരുടെ ഇവിടെ പറയുന്നത് ആത്യന്തികമായി പരമാത്മാവ് തന്നെ പക്ഷേ ഇത് മനസ്സിലാക്കണം ചിലടത്ത് ആകാശം പറയുന്നത് ആകാശമായിരിക്കും ചിലടത്ത് ആകാശം എന്ന് പറയുന്ന അന്ധക്കണ്ണമായിരിക്കും ചിലടത്ത് പറയുന്നത് പരമാത്മാവ് തന്നെയാണ് ഇവിടെ ആകാശത്തെ സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ ഹൃദയദേശത്ത് ഈ പരമാത്മാവിനെ ധ്യാനിക്കുക അത് ഗുണങ്ങളോടുകൂടി ഉപാസകൻ വിഷയവിദഗ്ധനായി ബ്രഹ്മചര്യാദ സാധനങ്ങളോടുകൂടി മറ്റെല്ലാ ആഗ്രഹങ്ങളും ഉപേക്ഷിച്ച് എല്ലാ വ്യവഹാരങ്ങളും ഉപേക്ഷിച്ച് അങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ അത് സാക്ഷാത്കരിക്കാം